ൂപത ശാത്തപാവനമചിന്യവൈഭവം തന്നരം വപുഷി കുഞ്ചരം മുഖേ മന്മഹേക്ക്ലം മഹാ ഗുരുബ്രഹ്മാ ഗുരുവിഷ്ണു ഗുരുദോ മഹേശ്വരഹ ഗുരുസാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീഗുരവേ നമ ഈശ്വരോ ഗുരുരാത്മേതി മൂർത്തിഭേദവിഭാഗിനി വ്യോമവ്യാപ്തേഹിമൂർത്തമധ്യം നി കരചരണമഗോത്രം സൂത്രം ോ ജാതിന്വ വണ്ണുതി പുരുഷോ നസം സ്ത്രീ നൈക്കാരം നമരണം നാസ്തി പുണ്യം നാപം തോ തും സഹജ സമരസം സദ്ഗുരു തം നമാ സദാശിവസമാരംഭാ ശങ്ക അസ്മദാചാര്യപര്യ വന്ദേ ഗുരുപരംപരാ മൗനവ്യാഖ്യകട്രഹ്മത്തും യുവാന വർഷിഷ്ടേവ സദൃശനൈരാവൃതം ബ്രഹ്മനിഷാരേന്ദ്രം കരകളിതചിന് മുദ്രമാനന്ദമൂർത്തി സ്വാത്മാരാമം മുദനം ദക്ഷിണമൂർത്തിമീഡേ शांताय सन्यासिने वेदिभासकायेत शाताय सन्यासी नानावादिगेन्द्र सोगींद्रवंदय च मोहध्वांतवाकत्ता नमोस्तु सतत पूर्णा बोधत्मने असच्चिसुखवाशे യോർമിമാത്രം ഭുവനം സമസ്തം ഗുഹാഹിതം തും രമണം ഗഭീരം ചിന്വിഹീനം ഹൃതി ചിന്തയാഹം മൃണ്മയവ്ജടാത്മകമഹം ബുദ്ധിതോ നഹം തത്തദാവസുക്തിസമയേ സിദ്ധാത്മസദ്ഭാവത്തോഹം ഭാവയു കുതോ വരധയാ ദുഷ്ടമനിഷ്ടാത്മന सोहम स्फूर्तिदया अरुणाचलशिवूर्णो विभाति स्वयं करुणापूर्णसुताबे कपलित घन विश्व किल्या अरुणाचलपरमाणो चितंजसुविकायरुणाचल भूत स्थित प्रलीनमेतच्चि ഹൃദ്യഹത്മതയാ ബോഹുദ്ധത്തെ വന്നിട്ടുദയം നാമ അഹിതി കന്ഷ്യന്ത പ്രവിഷ്ടയാമലധിയവഗമ്യസ്വം ൂപം ശാമ്യരുടാചല നദീവാധൗ തഷയം ബാഹ്യം രുദ്ധപ്രാണേന രുദ്ധമനസം പശ്യത് യോീ ദീധീതി അരുണാചലത്യമഹീയ ത്വ്യർപ്പമനസ ശ്യൻ തവാത്തിയാ സതകം ഭജത്തെ അനന്യീ സജയത്യുണാചലത്യി സുഖേ മഗ്നകുഹരമധ്യേ കെയലം ബ്രഹ്മമാത്രംമഹമിതി സാക്ഷാത്മരുപേണ ഭാതി हृद विश मनसा स्विवता मुझ्जतावा पवनचलन रोधात्मनोव शोण प्रभं सोमकत साणीस्फुत्पुचाप्राण प्रिय नौमी पिनाकोणस्थं कुलद नमा यानी कालंकतुत ഭസന്ർവാപണസുധാനീഡോത്തംസിച്രചാഴുക്കളി ചഞ്ചത് ശിഖാ ഭാസ്വരൂ ലീലാദഗ്ധവിലോല കാമശലഭ്രേയോദാഗ്രേ സ്ഫുരൻ അന്തസ്ഫൂർജതപാര മോഹതിമിര പ്രാഗ്ഭാരമുച്ചാടയൻ ചേട്ട സദ്ഗിതേ ജാനപ്രദീപോഹരഹ ോജവദുജെ സർക്കധി സിധി കവിശ്യമമ വാച ഇമാസുപ്ജീവയത്തെ ശക്തിധരസ്വാ അനാശഹസ്തരണവണത്വീൻ പ്രാണന്നമോ ഭഗവത്തെ പുരുഷാ യുഭ്യം ഹരി ഓ പാർയ പ്രതിബോധിത നാരായണേന സ്വയം വ്യാസേന ഗ്രഥിത പുരാണമുനി മധ്യേ മഹാഭാരത അദ്വൈതമൃതവർഷി ഭഗവത്ത അഷ്ട അമ്പ ഭഗവത്ഗീതീ നമോസ്തുവ്യാസവിളബുദ്ധി ഫുല്ലാ തേത്ര യാതൈലൂർണ പ്രജ്വാലിതോ ജാനമയ പ്രദീപ പ്രപ്പന്നിജാ തോത്രവേത്രൈകാണീ ജാനമുദ്രാ കൃഷ്ണ ഗീതമൃതദുഹേ ോപനിഷദോ ഗാവോ ദുധാ ഗോപാളനന്ദന പാർോ വത്സുധീർഭോക്തഗ്ധീതമൃതം മഹത് വസുദേവൂരമർദനം ദകീപരമാനന്ദം കൃഷ്ണ വേ ജഗത്ഗുരു മൂക്കം കരോതി വാചാ പങ്കും ലംഘയദേ ഗിരി യത്മഹം വന്നേ പരമാനന്ദമാധവ്രഹ്മാവരുണേന്ദ്രദ്രമരുത സ്തുവ്യൈ സ്തൈ വേദസക്രമോപനിഷദൈർഗായ സാവഗാ ധ്യവസ്ഥതഗതേ നനസ പശ്യം യോഗിനോ യം നദുസുരാഗണ പാർത്ഥസാരഥിണ ശ്രാവി ശുഭാംഗിരം പാർത്ഥയാർത്തിഹരോ ദഹമൂർത്തി സാതുന ഭക്തിയോഗം എന്ന പന്ത്രണ്ടാമത്തെ അധ്യായത്തിലും ഈ അധ്യായത്തിൽ അമാനിത്വം അദംഭിത്വം അഹിംസാക്ഷാന്തിരാജ്യവം എന്ന് തുടങ്ങി തത്വജ്ഞാനാർത്ഥ ദർശനം എന്ന ലക്ഷണം വരെയും അധ്യാത്മജ്ഞാനം എന്താണ് എന്ന് ഭഗവാൻ നമുക്കൊരു ഇൻഡിക്കേഷൻ തരിക സൂചന സ്പിരിച്വാലിറ്റി വാട്ട് ഈസ് സ്പിരിച്വാലിറ്റി എന്താണ് ഭക്തി അല്ലെങ്കിൽ ജ്ഞാനം പേരെന്ത് പറഞ്ഞാലും വേണ്ടില്ല കാര്യം ഒന്ന് തന്നെ ഭഗവാൻ ഉപദേശസാരത്തിൽ പറഞ്ഞു ഹൃലയ മനസ്വസ്ഥാക്രിയാ ഭക്തിയോഗ ബോധാശനിശ്ചിതം ഉദിക്കുമിടത്തിൽ ഒടുങ്കിയിരുത്തൽ അത് കണ്ണമും ഭക്തിയും ഉന്തീപര യോഗ ജ്ഞാനമും ഉന്തിപര മനസ്സ് ഉദിക്കും ഇടത്തിൽ ഒടുങ്ങിയിരുത്തൽ സംസ്കൃതത്തിൽ ഹൃസ്ഥലേ മനസ്വസ്ഥ എന്ന് പറഞ്ഞു ഹൃസ്ഥലത്തിൽ മനസ്സ് സ്വസ്ഥമായാൽ ശാന്തി എന്തെങ്കിൽ സഹജമായിട്ട് ഈ ഗുണങ്ങളൊക്കെ അവിടെ കാണണം ആ ശാന്തിക്ക് പേര് ഭക്തി എന്നും ഓരോരുത്തരുടെ ടെമ്പറമെന്റിനുസരിച്ച് ഭക്തിയായിട്ടോ കർമ്മയോഗമായിട്ടോ ജ്ഞാനയോഗമായിട്ടോ ഒക്കെ അവരിൽ കാണപ്പെടും പക്ഷേ മൂന്ന് പേർക്കും ആന്തരികമായുള്ള അനുഭവമോ ശാന്തിയാണ് അഹങ്കാരനാശമാണ് മനസ്സിന്റെ അടക്കമാണ് അതിലെ എല്ലാ കഴിഞ്ഞു ഭാഗവതത്തിൽ भिक्षुगीतम परदश स्कंधिया उपाख्यन अिक्षु पाड़ी अगर भिक्षुगीतम पेरू अद भिक्षुन आलिए पणक पण तुम उपयोग आर्म यो न दगाादी न भुंगते त्य तृतीयागतिर्भवती കൊടുക്കണമില്ല സ്വയം അനുഭവിക്കണമില്ല അയാളുടെ ഗതിയാണ് അപ്പൊ ഈ ഭിക്ഷുവിനുണ്ടായത് അദ്ദേഹം ഭിക്ഷുവായിത്തീരുന്നു എന്നുവെച്ചാൽ കയ്യിലുള്ള പണം കെട്ടിവെച്ചാൽ വെള്ളം നാറും കൊതുകു വരും അല്ലെ അതുപോലെ തന്നെ പണവും കെട്ടിവെച്ചാൽ തനിക്ക് ഉപയോഗപ്പെടില്ല വേറെ ആർക്കും ഉപയോഗപ്പെടില്ല അവസാനം ആർക്കും പ്രയോജനപ്പെടാതെ പോകും ഈ ഭിക്ഷു പണ്ട് പണക്കാരനായിരുന്നു കശ്ചിത് ക്ലേശാർജിതാർത്ഥക്ഷയവിമലി ക്ലേശാർജിതാർത്ഥമാണ് കഷ്ടപ്പെട്ട് പണം സമ്പാദിച്ച് ശേഖരിച്ച് ഒരു പൈസ ആർക്കും കൊടുക്കാതെ എടുത്തുവച്ചു അതൊക്കെ കുറെ രാജാവ് കൊണ്ടുപോയി കുറെ കള്ളന്മാരെ കെട്ടുകൊണ്ടുപോയി കാലം കൊണ്ട് കുറെ നഷ്ടമായി അങ്ങനെ കുറേ കഴിഞ്ഞു ഇപ്പൊ ഇദ്ദേഹത്തിന് വീട്ടിൽ നിന്നും വീടും കൂടിയും ഒക്കെ നഷ്ടമായി അങ്ങനെ നടന്ന് നടന്ന് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വസ്തു നഷ്ടപ്പെടുമ്പോൾ ഏറ്റവും അധികം ദുഃഖം ഉണ്ടാവും അല്ലേ അതാണ് നിയമം ലോകത്തിന് എത്ര കണ്ടിഷ്ടമുണ്ടോ അത്ര കണ്ട് ദുഃഖം ഉണ്ടാവും പണത്തിൽ ഏറ്റവും അധികം ഇഷ്ടം വെച്ചു പണം മുഴുവൻ പോയപ്പോ അത്യധികം ദുഃഖിച്ചു അദ്ദേഹം ഇങ്ങനെ അങ്ങനെ സത്സംഗ ഭാഗ്യമൊക്കെ ഉണ്ടായി സത്സംഗ ഭാഗ്യം ഉണ്ടായി സാധുസംഗമുണ്ടായി വൈരാഗ്യം ഉണ്ടായി ായി സമ്പ്രദായമായ സന്യാസ ദീക്ഷ എടുത്തു ദണ്ഡം കമണ്ഡലത്തോടുകൂടി അതേ നാട്ടിലേക്ക് വന്നു ഏത് നാട് എന്ന് വെച്ചാൽ ശ്രീകൃഷ്ണ ഭഗവാൻ പാഠശാലയിൽ പഠിക്കുന്ന കാലത്ത് നടന്ന കഥയാണിത് അതുകൊണ്ടാണ് കൃഷ്ണൻ അവന്തികയിൽ ഉജ്ജൈനിയിൽ അവന്തികയിൽ നടന്ന കഥ എന്ന് പറഞ്ഞിട്ടാണ് ഉദ്ധവർക്ക് പറഞ്ഞു കൊടുക്കുന്നത് നമ്മളൊക്കെ പറയില്ലേ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സ്ഥലത്ത് കോളേജിൽ പഠിക്കുന്ന സ്ഥലത്ത് ഒരു കഥ നടന്നു പറയണ പോലെയാണ് ഉദ്ധവരോട് പറയണത് അവന്തികയിലെ നടന്ന കഥ അവിടെ ആ ബ്രാഹ്മണൻ തന്റെ കയ്യിലുള്ളതൊക്കെ നഷ്ടപ്പെട്ട് തരുവിൽ ഭിക്ഷാന്തേഹിയായിട്ട് എങ്ങനെ നടക്കുന്നു അപ്പൊ നാട്ടിലുള്ളവർക്ക് ആർക്കിഷ്ടമല്ല അല്ലേ നാട്ടിലുള്ളവർക്ക് പണക്കാരനാണെങ്കിൽ അമ്പലത്തിൽ ഉത്സവത്തിന് പിരിക്കാൻ പോയാൽ കൊടുക്കണം വേറെന്തെങ്കിലും വിശേഷത്തിന് പണം ചോദിച്ചാൽ കൊടുക്കണം അങ്ങനെ കൊടുക്കുന്ന ആളാണെങ്കിൽ നാട്ടുകാർ വില വയ്ക്കും ഇദ്ദേഹം കയ്യിലുള്ള കാലത്ത് ഒന്നും കൊടുത്തിട്ടില്ല ആർക്കും കൊടുത്തിട്ടില്ല അപ്പൊ നാട്ടുകാർ എങ്ങനെയുണ്ടാവും ഇന്നത്തെ സിറ്റുവേഷൻ വെച്ച് ആലോചിച്ച് നോക്ക എല്ലാവർക്കും ദ്വേഷമാണ് എല്ലാ വർഗത്തിൽപ്പെട്ട ആളുകൾക്കും അദ്ദേഹത്തിനോട് ദ്വേഷമാണ് ഇപ്പൊ സന്യാസിയായിട്ട് വന്നാൽ ആരും കൂട്ടാക്കും അദ്ദേഹം ഞാനിയാണെന്നോ അദ്ദേഹം അറിയേണ്ടത് അറിഞ്ഞുവെന്നോ ഒന്നും അവർക്കറിയില്ലല്ലോ അവരാ പഴയ കോപം മുഴുവൻ തീർത്തു അദ്ദേഹത്തിന് ഭിക്ഷ കൊടുക്കില്ല എവിടുന്നെങ്കിലും ഭിക്ഷ കിട്ടിയാൽ സന്യാസ ദീക്ഷയനുസരിച്ച് ഭിക്ഷയെ നദീതീരത്ത് വെച്ചിട്ട് വെള്ളത്തിൽ മുങ്ങി കുളിക്കാൻ പോകും കുളിച്ചു വരുമ്പോഴേക്കും ആ ഭിക്ഷാങ്കനത്തിൽ മലമൂത്ര വിസർജനം ചെയ്യും ഇദ്ദേഹത്തിന് ദണ്ഡത്തിന് പൊട്ടിച്ചുകളയും ഉടുത്തിരിക്കുന്ന വസ്ത്രത്തിന് ചീന്തികളയും ധ്യാനിക്കാനായിട്ട് എവിടെയെങ്കിലും ഉപാസനയായിട്ട് അങ്ങനെ കണ്ണടച്ചിരുന്നാൽ തലയിൽ ചളി കോരി ഒഴിക്കും ഇങ്ങനെ പല വിധത്തിലും വിഷമിപ്പിച്ചു അങ്ങനെ വിഷമിപ്പിച്ചിട്ട് അതിലൊന്നും വിഷമിക്കാതെ ഈ ഭിക്ഷു പ്രശാന്തനായിട്ടിരിക്കുക ജീവിതത്തിൽ വലിയ മാറ്റം വന്നു ധാരാളം സമ്പത്തുള്ളപ്പോഴും ജോലിക്കാരും കുടുംബസ്ഥ കുടുംബക്കാരും ഒക്കെ ഉള്ളപ്പോഴും ഇല്ലാത്ത ഒരു പ്രശാന്തി ഒരു ഉറപ്പ് ഒന്നുകൊണ്ടും ബാധിക്കപ്പെടാത്ത ഒരു സ്ഥിതി ഇപ്പൊ ഈ ഭിക്ഷുവിൽ കണ്ടു ഇന്നലെ പറഞ്ഞല്ലോ സ്ഥൈര്യം താൻ ഏത് സ്ഥിതിയിലിരിക്കുന്നു ആ സ്ഥിതിയിൽ ഒരു സ്ഥൈര്യം കണ്ടു ജനങ്ങളാവട്ടെ ഉപദ്രവിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട് ദേഹ ഉപദ്രവത്തിനോട് ഒരു ഉറപ്പും പ്രകടിപ്പിക്കുന്നില്ല ദം പൊട്ടിച്ചിട്ടും ദേഷ്യപ്പെട്ടില്ല ചളികോരി ഒഴിച്ചാലും ദേഷ്യപ്പെട്ടില്ല വസ്ത്രം ചീന്തിക്കളഞ്ഞാലും ദേഷ്യപ്പെട്ടില്ല ഭിക്ഷ കിട്ടിയിട്ടില്ലെങ്കിലും വിഷമിച്ചില്ല അങ്ങനെ പ്രശാന്തമായിട്ടിരിക്കുന്നു അപ്പോ ചിലരും വന്ന് പറയും ഇയാള് മിണ്ടാതിരിക്കണതൊന്നും കൂട്ടാക്കണ്ടട്ടോ മിണ്ടാപ്പൂച്ച കലോടയ്ക്കും എന്നാണ് പറയാ ഇത് വെറും വാചാ മൗനമാണ് ഇവനെ എപ്പോ എന്ത് ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല തീരുമാനിച്ച് പഠിച്ച കള്ളനാണ് എന്ന് ചിലർ പറയും അതിനും അദ്ദേഹം ഒന്നും പറയില്ല ചിലരും പറയും പാവം എന്തോ ബുദ്ധിഭ്രമം വന്നു എന്ന് തോന്നുന്നു പണമൊക്കെ പോയതുകൊണ്ട് എന്ന് കുറച്ചു പേര് പറയും അതിനൊന്നും പറയില്ല ചില മഹാത്മാക്കളെ ഉള്ളിരിപ്പ് കണ്ടറിഞ്ഞു ഇദ്ദേഹം ജ്ഞാനിയാണ് അറിയേണ്ടത് അറിഞ്ഞിരിക്കുമെന്നും അല്ലെങ്കിൽ എങ്ങനെ എങ്ങനെ ഇരിക്കാൻ പറ്റും ഉദാസീനനായിട്ട് എന്ന് അവരും പറയും അതിനും ഒന്നും പറയില്ല ഇങ്ങനെ പലരും പലതും പറഞ്ഞ് അപ്പൊ ചിലര് ചോദിച്ചു അങ്ങേക്ക് വിഷമം വരുന്നുവല്ലോ പണ്ട് ധാരാളം ധനമുണ്ടായിരുന്നു വലിയ ബംഗ്ലാ ഉണ്ടായിരുന്നു ഭാര്യയും കുട്ടികളും ഉണ്ടായിരുന്നു അപ്പോഴൊക്കെ അങ്ങനെയൊക്കെ സുഖമായിട്ടിരുന്ന ആള് ഇപ്പൊ ഒന്നുമില്ലാത്ത തെരുവിൽ നടക്കുന്നു ആളുകൾ കല്ലെടുത്തെറിയുന്നു പല വിധത്തിലും ഉപദ്രവിക്കുന്നു ഈ വിഷമം വരാൻ കാരണമെന്താ ലോകത്തിൽ സാധാരണ എന്തൊക്കെ കാരണം പറയും ആദ്യത്തെ കാരണം പറയണത് ആരെങ്കിലും നമ്മൾ കുറ്റം കണ്ടുപിടിക്കും നമുക്ക് വിഷമം വരുമ്പോ അധികം എന്ത് പറയും എന്റെ ഭർത്താവ് ശരിയില്ല ഭാര്യ ശരിയില്ല കുട്ടികൾ പറഞ്ഞാൽ കേൾക്കണില്ല അല്ലേ അല്ലെങ്കിലോ ഗവൺമെന്റ് ശരിയില്ല ഞങ്ങളുടെ നാട്ടിലുള്ളവരൊന്നും നല്ലവരല്ല അടുത്ത വീട്ടുകാർ ശരിയില്ല അവര് ഉപദ്രവിക്കുന്നു അതുകൊണ്ടാണ് എനിക്ക് വിഷമം എന്ന് പുറമേ ആരില്ലെങ്കിലും കാര്യം കണ്ടെത്തും പുറമേ ആരെങ്കിലുമാണ് നമ്മളുടെ ദുഃഖത്തിന് കാരണമെങ്കിൽ നമ്മളെ കൊണ്ട് വല്ലതും ചെയ്യാൻ പറ്റുമോ ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പോ പരിഹാരമില്ല എന്നായി ഗവൺമെന്റ് ശരിയില്ല അപ്പൊ ഞാൻ എനിക്കാകാടുള്ളത് ഒരേ ഒരു വോട്ടാണ് ഒന്നുമല്ല ഇന്ന കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും ഒന്നും ചെയ്യാൻ പറ്റില്ല ഭാര്യയെ ശരിയില്ല ഭർത്താവ് ശരിയില്ല എന്ന് വെച്ചാൽ ഭാര്യയോ ഭർത്താവിനെയോ പരസ്പരം നന്നാക്കാൻ പറ്റൂ നമുക്ക് നമ്മളെ ശരിയാക്കാൻ പറ്റില്ല അവരെങ്ങനെ ശരിയാക്കും കുട്ടികൾ പറഞ്ഞില്ലേ ശരി പറഞ്ഞു നോക്കാം അതിനാണ് പഴയ ആളുകൾ പറയുക ചൊല്ലിക്കൊട് തല്ലിക്കൊട് തള്ളിക്കള എന്നാണ് തള്ളിക്കളയലാണ് അവസാനത്തെ വിവരമുള്ള ആളുകൾ ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാൽ ഒന്നും പറ്റില്ല ശരി കുട്ടികളാണ് അപ്പൊ പുറത്തു നിന്ന് ആരെങ്കിലും എന്റെ ദുഃഖത്തിനോ സുഖത്തിനോ കാരണമാണെങ്കിൽ എപ്പോഴും എന്റെ സുഖ ദുഃഖങ്ങൾ കാരണം നിത്യമായി സുഖമായിട്ടോ ദുഃഖമായിട്ടോ ഇരിക്കില്ല ആരെങ്കിലും സുഖം തരും ആരെങ്കിലും ദുഃഖം തരും ഈ ഭിക്ഷു പറഞ്ഞു എന്റെ സുഖത്തിനും ദുഃഖത്തിനും ആരും കാരണമല്ല പണ്ട് എനിക്ക് ധാരാളം പണം ഉണ്ടായിരുന്നു വലിയ മാളിക ഉണ്ടായിരുന്നു സുഖമായി ഇരിക്കുകയായിരുന്നു അന്ന് ഞാൻ സുഖമായിട്ട് ഇരുന്നില്ല ഇന്നിപ്പോ എന്റെ കയ്യിൽ അഴക്കാശില്ല തെരുവിൽ ഭിക്ഷാന്ദേഹിയായി നടക്കണം ഇവരൊക്കെ എന്നെ ദ്രോഹിക്കണം ഉപദ്രവിക്കുന്നു ഞാൻ ഇന്ന് ദുഃഖിക്കണമില്ല നായം ജനോമി സുഖദുഃഖഹേതു പാട്ടുപാടുന്നത് എപ്പോഴാ ആനന്ദം വരുമ്പോഴാണ് പാടുക അല്ലെ ശോകം വരുമ്പോ പാടുമായിരിക്കുക സിനിമയിൽ പാടുമായിരിക്കും നാട്ടിലാരും പാടുന്നത് കണ്ടിട്ടില്ല ആനന്ദം വരുമ്പോ സുഖം വരുമ്പോ സന്തോഷം വരുമ്പോഴാണ് പാടുക ഈ ഭിക്ഷു പാട്ടുപാടുകയാണ് അതാണ് ഭിക്ഷുഗീതം എന്നാണ് പേരത് ഭിക്ഷു പാടിയ പാട്ട് നായം ജനോമേ സുഖദുഃഖഹേതുഹു പിന്നെ എന്താ ഈ ജനങ്ങൾ ആരും എന്റെ സുഖത്തിനോ ദുഃഖത്തിനോ കാരണമല്ല പിന്നെന്താ പറയാ ദേവത പ്രശ്നം വെച്ച് നോക്കിയാൽ അത് ശിവഗോപമാണ് പൂർവ ദേവതകളെ ആരെയോ ഉപാസിക്കാത്തത് വന്ന് ദോഷമാണ് നദേവത ദേവതകളൊന്നും എന്റെ ദുഃഖത്തിനോ സുഖത്തിനോ കാരണമല്ല ആത്മാവിന്റെ സ്വഭാവം സുഖദുഃഖ സമ്പർക്കമല്ല ന ദേവതാത്മാ പിന്നെന്താ ഗ്രഹം അല്ലെ ജ്യോതിഷയുടെ അടുത്തു ജ്യോതിസിനടുത്ത് പോയാൽ അതിപ്പോ ശനിയാണ് ഏഴര ശനിയാണ് ചൊവ്വയാണ് എല്ലാ ഗ്രഹങ്ങളുടെയും പേരിൽ ചീത്ത വിളിക്കുന്നത് ന ദേവതാത്മാ ഗ്രഹകർമ്മ കാലാഹ്രഹവുമല്ല കർമ്മവുമല്ല കാലവുമല്ല संसारक्र मनि मन इन सुखम इन दुखम परे पचारम चक्रे चुटिप अंे या उपेक्षा शांति मनस्पर സംസാരചക്രം പരിവർത്തയ മനസ്സിനെ സ്വീകരിച്ചാൽ ജനങ്ങൾ സുഖദുഃഖകാരകന്മാരാകും ഗ്രഹങ്ങൾ സുഖദുഃഖകാരകന്മാരാവും ദേവതകൾ സുഖദുഃഖകാരകന്മാരാകും പുറമേ നിന്നുള്ള എല്ലാ കാര്യവും കർമ്മം സുഖദുഃഖകാരകമാകും ഇതൊക്കെ എപ്പോഴാകും എന്ന് വെച്ചാൽ മനസ്സിനെ സ്വീകരിച്ചാൽ മനസ്സിനെ സ്വീകരിച്ചാൽ ജനനം മരണം വ്യാധി എല്ലാം ഉണ്ടാവും ഞാൻ തിരുവണ്ണാമലയിൽ ഇരിക്കുമ്പോൾ ഒരിക്കലും രമണാശ്രമത്തിലെ ഒരു അമ്മ എന്റെ അടുത്ത് ഒരു ശ്ലോകത്തിന് അർത്ഥം ചോദിച്ചു ഞാൻ ആ ശ്ലോകത്തിന്റെ അർത്ഥം അപ്പോഴാണ് ആദ്യമായിട്ട് പഠിച്ചത് പക്ഷെ എനിക്ക് ഉറപ്പാണ് ഏകദേശം നിങ്ങൾക്കൊക്കെ ആ ശ്ലോകം അറിയാം അധികം പേർക്കും അറിയാം ആ ശ്ലോകം എന്താ ശ്ലോകം എന്ന് വെച്ചാൽ ശനീശ്വര ശ്ലോകം നീരാഞ്ജന സമാഭാസം പിന്നെ ആ അതാ പറഞ്ഞല്ലേ അതാണ് കൃഷ്ണായോ വാസുദേവായോ അറിയോ അറിയില്ലയോ അതെല്ലാവർക്കും അറിയാം കാരണം അദ്ദേഹത്തിനെ മണിയടിക്കണം എന്ന് തീരുമാനിച്ചിട്ടുണ്ട് എല്ലാവരും അപ്പൊ നീരാഞ്ജന സമാഭാസം രവിപുത്രം യമാഗ്രജം ഛായാമാർത്താണ് സംഭൂതം തണ്ണമാമി ശനീശ്വരം എന്നൊരു ശ്ലോകം അപ്പൊ ശ്ലോകം നമ്മുടെ ഭഗവാന്റെ സമാധിയുടെ മുമ്പിൽ വെച്ചാണ് അവര് ചോദിച്ചത് അപ്പൊ അർത്ഥം കേട്ട് അപ്പൊ തന്നെ അർത്ഥം പറഞ്ഞു കൊടുക്കുകയും ചെയ്തു അത് കഴിഞ്ഞാണ് ഞാൻ ആലോചിച്ചത് ഈ ശ്ലോകം എന്തപ്പോ മുമ്പിൽ വെച്ച് വന്നു നമ്മുടെ പൂർവ്വ ഋഷികൾക്ക് ജ്യോതിഷം എന്നുള്ളത് വേദാംഗമാണ് അപ്പൊ അതിനൊക്കെ ബാഹ്യമായ ഒരു രൂപവും കറസ്പോണ്ടിങ്ങുമായിട്ട് ആന്തരികമായിട്ടും ഭാവങ്ങൾ ഒന്നും വരയല്ല അതുകൊണ്ടാണ് ജ്യോതിഷം ഒന്നും ജ്യോതിഷമായിട്ട് പഠിച്ചാലൊന്നും ശരിയാവില്ല പഴയകാലത്ത് ജ്യോതിഷികൾ എന്ന് പറഞ്ഞ ആർഷത്തിൽ ഒന്നുമില്ല അവര് ജ്യോതിശാസ്ത്രജ്ഞന്മാർ ജ്യോതിഷികൾ വേദാംഗമാണ് വേദത്തിന്റെ അംഗമാണ് ആറ് അംഗങ്ങളിൽ പെട്ടതാണ് ജ്യോതിഷം അപ്പൊ അത് വൈദിക കാര്യത്തിനെ ഉപയോഗിച്ചിരുന്നുള്ളൂ ഇങ്ങനെ നാട്ടുകാർക്ക് കല്യാണം കഴിക്കാനും കുട്ടികൾക്ക് എൻട്രൻസ് പരീക്ഷയ്ക്ക് എൻട്രൻസ് കിട്ടുമോന്ന് പറയാനൊന്നും അല്ല അപ്പൊ ജ്യോതിഷികൾ അത് പഴയകാലത്ത് വേദാംഗം മാത്രമാണ് യാഗയജ്ഞങ്ങൾക്ക് ആഹുതി അർപ്പിക്കാനുള്ള സമയം നിശ്ചയിക്കാനും മറ്റുമൊക്കെയാണ് അത് ഉപയോഗിച്ചിരുന്നത് അപ്പൊ അതുകൊണ്ടെ അപ്പോ ീ ശനീശ്വര ശ്ലോകം അപ്പൊ അത് അല്പമൊന്ന് ചിന്തിച്ചപ്പോ അത് എന്തിനാ എന്റെ അടുത്ത് വന്നതെന്ന് എനിക്ക് പിടികിട്ടി എന്താന്ന് വെച്ചാൽ നീരാഞ്ജന സമാഭാഷം നല്ല കറുത്ത അദ്ദേഹം എവിടുന്നാ ജനിച്ചത് ആശ്ചര്യ രവിപുത്രം സൂര്യന്റെ മകനാണ് സൂര്യനിൽ നിന്ന് ഇരുട്ട് ജനിക്കോ സൂര്യനിൽ നിന്നും ജനിച്ചിട്ടുള്ള ഒരു കറുപ്പ് സാധനം രവിപുത്രം അതും പോരാ അദ്ദേഹത്തിന് ഇന്നൊരു വിശേഷണം കൊടുത്തു യമന്റെ സഹോദരനാണ് അനിയനല്ല ഏട്ടൻ യമാഗ്രജം സൂര്യനിൽ പോയി എങ്ങനെ ഈ ശനി ജനിച്ചു സൂര്യന്റെ പുത്രനായി ഈ ഇരുട്ടെ ഇവിടുന്ന് ജനിച്ചു എന്ന് വെച്ചാൽ സൂര്യന് രണ്ടു ഭാര്യമാരാണ് ഛായാ സുവർച്ചല അമ്പാ സമേത ശ്രീ സൂര്യനാരായണ ഒന്ന് ഛായ ഒന്ന് സുവർച്ചല സുവർച്ചല എന്ന് വെച്ചാൽ വെളിച്ചം തേജസ് ഛായാ എന്ന് വെച്ചാൽ നിഴല് അതും എല്ലാവർക്കും അറിയാം അപ്പോ നഴലിൽ നിന്നും ഛായാ മാർത്താണ്ഡ ഈ ശനി ജനിച്ചത് സൂര്യനും ഇരുട്ടും നഴലും കൂടി കൂടിയ സ്ഥലത്ത് ഉണ്ടായതാണത് സൂര്യനും നഴലും ഇരുട്ടും കൂടി സംഗമിച്ച സ്ഥലത്താണ് ഈ ശനിയുടെ ജനനം ഛായാ യമാഗ്രജം ഇത്രയും ആ ശ്ലോകത്തിന് അർത്ഥം പറഞ്ഞപ്പോ ഇദ്ദേഹം ആരാണെന്നും സൂര്യൻ ആരാണെന്നും ഛായ എന്താണെന്നും സുവർച്ച എന്താണെന്നും സംശയമേ ഇല്ല സൂര്യ ആത്മാ ജഗതസ്തസ്തു എന്നാണ് വേദം അസാവാദിത്യോ ബ്രഹ്മാ ആദിത്യൻ എപ്പോഴും ആത്മാവിന്റെ പ്രതീകമാണ് സ്വരൂപത്തിന്റെ പ്രതീകമാണ് അതിൽ രണ്ട് ഭാര്യമാരെന്നൊക്കെ പറഞ്ഞത് നമ്മൾ വേണമെങ്കിൽ ചിത്രം വരയ്ക്കാനായിട്ട് സൂര്യനെ ഒരാളായിട്ടും ഇവിടെ ഒരു സ്ത്രീയും ഇവിടെ ഒരു ആയിട്ട് വരയ്ക്കാം അതൊക്കെ ബാലിശമാണ് ഋഷികൾ അങ്ങനെ ഒരു ഭാവത്തിന് വെച്ചു എന്താന്ന് വെച്ചാൽ ആത്മാവിൽ തന്നെ രണ്ട് ശക്തിയും ഉണ്ട് വിദ്യാ അവിദ്യാസ്വരൂപിണ്ണീനമാ എന്ന് ലളിതാ സഹസ്രം നാമം വിദ്യാശക്തിയും അവിദ്യാശക്തിയും ഉണ്ട് അവിദ്യാശക്തി നമുക്കറിയാം അതിനാണ് മനസ്സെന്ന പേര് അതായത് നമ്മളുടെ ഉള്ളിൽ നിന്നും തന്നെ പുറപ്പെടുന്ന ഒരു ശക്തി നിരന്തരം നമ്മളെ ജഡവുമായി സംബന്ധപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ശക്തിക്കാണ് മനസ്സെന്ന് പേര് പുറമേക്കുള്ള നാമരൂപങ്ങളുമായും വിഷയമായും സംബന്ധപ്പെടുത്തി നമ്മളെ തന്നെ വിഷയാധാരമാക്കി തീർക്കുന്ന ഒരു ശക്തി മനസ്സിലായോ ഉള്ളിൽ നിന്ന് ഒരു ഭയമുഖം പുറമേക്കുള്ള വിഷയങ്ങളെയൊക്കെ ഉള്ളിലേക്ക് കൊണ്ടുവരുന്നു നമ്മളെ സദാ ജഡമാക്കിക്കൊണ്ടിരിക്കുന്നു ജഡമാണ് സത്യം എന്ന് പറയിപ്പിക്കുന്നു നമ്മളെ കൊണ്ട് അതിന് സഹസന ലതാ ഇതിനൊക്കെ പ്രമാണം നോക്കിയാൽ മതി കാണാപാതം പരിശോധിച്ചിട്ടുണ്ടല്ലോ എല്ലാരും ജഡശക്തി ഹി എന്നാണ് ആ ശക്തിക്ക് പേര് ആ ശക്തി ജഡശക്തിയാണ് ഇറ്റ് ഈസ് ഇനേർട്ട് ഫോഴ്സ് ഇറ്റ് ആസ് നോ ലൈഫ് നോ ഇന്റലിജൻസ് ബിഹൈൻഡ് ഇറ്റ് ഇറ്റ് ഈസ് ഇനേർട്ട് ഫോഴ്സ് അതിനാണ് നമ്മുടെ മനസ്സെന്ന് പറയണത് ആ മനസ്സ് തന്നെ തപസ്സുകൊണ്ട് ജഡക്തി അല്ലാതെ മാറും അത് ജടത്തിനോട് ബന്ധപ്പെടുത്തുന്നതിന് പകരം നമ്മളെ ചിത്തിനോട് ബന്ധപ്പെടുത്തും ചിത് ശക്തിഹി ചേതനാരൂപ ജഡശശക്തിഹി ജടാത്മിക എന്നവിടെ തന്നെയുണ്ട് ഒരേ സാധനം തന്നെയാണ് ജഡത്തിനോട് സംബന്ധപ്പെടുത്തി നമ്മളെ മായയിൽ കൊടുക്കുന്നതും അത് ശുദ്ധമാകുമ്പോൾ ചിത്തിനോട് സംബന്ധപ്പെടുത്തി നമ്മളെ വിമുക്തരാക്കുന്നതും ഒരേ വസ്തു ജഡ ജഡത്തിനോട് സംബന്ധപ്പെടുത്തുന്ന ഈ ശക്തി അവിദ്യാശക്തിയാണ് അത് ഇല്ലാത്തതാണ് മായ ഛായ നിഴല് അതും സൂര്യൻ തന്നെയാണ് സൂര്യന്റെ തന്നെ ആഫ്റ്റർ ഇഫക്റ്റ് ആണല്ലോ നഴല് അതേപോലെ തന്നെ ആത്മാവിൽ തന്നെ ആത്മാവിനെ അറിയാത്തത് ഒരു സാധനമാണ് മനസ്സ് ആ മനസ്സിനെ ഉണ്ണയെന്ന് സ്വീകരിച്ചാൽ മനസ്സിനെ അംഗീകരിച്ചാൽ മനസ്സിനെ താലോലിച്ചു ശനിയും പേടിക്കണം യമനെയും പേടിക്കണം ശനി ശനിയിലൂടെ യമനിലേക്ക് യാത്രയാണ് രവിപുത്രം യജം സൂര്യനിൽ ഇരുട്ടോ നിഴലോ ഒന്നും സത്യമല്ല സൂര്യനെ ശ്രദ്ധിച്ചാൽ അവിടെ നിഴലുമില്ല ഇരുട്ടുമില്ല അതേപോലെ ആത്മാവിനെ ശ്രദ്ധിച്ചാൽ സ്വരൂപത്തിനെ ശ്രദ്ധിച്ചാൽ തന്റെ യഥാർത്ഥ സ്വരൂപം എന്താണെന്ന് ശാസ്ത്രത്തിൽ നിന്നും ഗുരുവാക്യത്തിൽ നിന്നും അറിഞ്ഞ് മനസ്സിനെ താലോലിക്കുന്നതിനു പകരം ശ്രദ്ധിച്ചു തുടങ്ങിയാൽ ഇരുട്ട് താനേ ഇല്ലാതായിട്ട് തീരും ഇരുട്ടിനെ ഓടിക്കേണ്ട ആവശ്യമില്ല വെളിച്ചം കൊണ്ടുവന്നാൽ മതി ശനിയെ എള്ളുകിഴി കൊണ്ടുവെച്ചത് അദ്ദേഹം വെറുതെ വിടില്ല വേറെ ഒരു നോക്കിയാൽ ഗ്രഹങ്ങൾക്ക് അയാൾക്ക് മാത്രമാണ് ഈശ്വര പദവി കാരണം എന്താന്ന് വെച്ചാൽ വൈരാഗ്യകാരകനാണ് അധികം പേർക്കും ജ്ഞാനം ഉണ്ടാവുന്നതും സാക്ഷാത്കാരം ഉണ്ടാവുന്നതും ഭക്തി ഉണ്ടാകുന്നതും അധ്യാത്മ മാർഗത്തിൽ ഉണ്ടാകുന്നതൊക്കെ ഈ കാലത്താണ് പക്ഷെ വിഷയാസക്തരായിട്ടുള്ളവരും തങ്ങളെ ദുഃഖിപ്പിക്കുന്ന വസ്തുക്കളെ വിടാതെ പിടിച്ചുകൊണ്ടിരിക്കുന്നവരുമായിട്ടുള്ളവർക്ക് നല്ല അടിയും കിട്ടും ആ കാലത്ത് ഒരേ സാള് തന്നെ ഒന്നും നെഗറ്റീവായിട്ട് ഒന്നുമില്ല നമ്മളുടെ ശാസ്ത്രത്തിൽ ഒക്കെ നമ്മൾ ഏത് ഡയമൻഷനിൽ നോക്കണമെന്നുള്ളതിലേ വ്യത്യാസമുള്ളൂ അതുകൊണ്ടാണ് അദ്ദേഹത്തിന് മാത്രം ഈശ്വര അദ്ദേഹം തന്നെ മനസ്സായിട്ട് നമ്മുടെ ഉള്ളിൽ ഇരിക്കുകയും ചെയ്യുന്നു മനസ്സിനെ അംഗീകരിച്ചാൽ ഗ്രഹങ്ങൾക്ക് നമ്മൾ അടിമയാവും ദേവതകൾക്ക് അടിമയാവും കർമ്മത്തിനടിമയാവും സംസാരത്തിനടിമയാവും ദുഃഖത്തിനടിമയാവും ജന്മ മൃത്യു ജലാവ്യാധി ദുഃഖ ദോഷങ്ങൾക്കൊക്കെ അടിമയാവും മനസ്സിനെ അംഗീകരിക്കാതെ ഭഗവത് കൃപയെ അംഗീകരിച്ചാൽ സ്വരൂപത്തിനെ അംഗീകരിച്ചാൽ നമ്മളുടെ ശക്തി കൊണ്ട് നമ്മൾ മനസ്സിനെ നിയന്ത്രിക്കുകയൊന്നും വേണ്ട ഇരുട്ടിനെ തല്ലി വേണ്ട ഇരുട്ടിനെ ഓടിക്കാൻ പറ്റുമോ വെളിച്ചം കൊണ്ടുപോയാൽ ഇരുട്ടില്ല अदाद मनस उपेक्षा स्वरूप श्रद्धा अक्ति आखट भक्ति मार्ग आक्ति आखट सत्संग सदा प्रवर्च अ ज्ञान विचार आकट विचार कूट आचार प्रामुख्यम വിചാരത്തിനൊക്കെ പുറയില്ല ഇന്നലെ പറഞ്ഞ പോലെ ഓരോ വിചാരത്തിന്റെ ഇടയിലും ഉള്ള ഇടയനെ നോക്കുക നിശ്ചലതയെ നോക്കുക ആ നിശ്ചലതയെ വിചാരങ്ങളൊന്നും സ്പർശിക്കുന്നില്ല ആ സത്യത്തിനെ അംഗീകരിക്കുന്നതാണ് അധ്യാത്മം മനസ്സ് പ്രവർത്തിക്കട്ടെ ശരീരം പ്രവർത്തിക്കട്ടെ മനസ്സ് സദാ പ്രവർത്തിക്കും അത് പ്രകൃതിയുടെ സ്വഭാവമാണ് നഹി ചഞ്ചലതാഹീനം മനഃക്വചന വിദ്യത്തെ ചഞ്ചലത്വം മനോധർമ്മ വന്നേഹേ ധർമ്മോ യഥോഷ്ണത അഗ്നിക്ക് ചൂടെന്ന വണ്ണം ചാഞ്ചല്യം എന്നുള്ളത് മനസ്സിന്റെ ധർമ്മമാണ് ചഞ്ചലമല്ലാത്ത മനസ്സൊന്നും എന്നൊരു മനസ്സില്ല മനസ്സ് ചഞ്ചലമാണ് മനസ്സിനെ നിരന്തരമായി പിടിച്ചു നിർത്താനൊരു വഴിയുമില്ല കുറച്ചു നേരത്തേക്കൊക്കെ മെഡിറ്റേഷനോ യോഗമോ ഒക്കെ ചെയ്ത് നിർത്താം അതെന്തിനാണെന്ന് വെച്ചാൽ മനസ്സ് നിൽക്കുമ്പോ ഉണ്ടാവുന്ന ശാന്തിയെ കാണാൻ വേണ്ടി മാത്രമാണ് പിന്നെയും മനസ്സ് പ്രവർത്തിക്കും ജ്ഞാനമാർഗം മനസ്സിനെ പിടിച്ചു നിർത്തുന്ന മാർഗമല്ല യോഗമാർഗമാണ് മനസ്സിനെ പിടിച്ചു നിർത്തുന്നത് മനസ്സിനെ പിടിച്ചു നിർത്തിയിട്ട് യോഗമാർഗത്തിനെ ഉപയോഗിച്ച് ജ്ഞാനമാർഗത്തിലേക്ക് പോവാം എന്താണെന്ന് വെച്ചാൽ മനസ്സൊരുപാട് ചഞ്ചലമായിരിക്കുമ്പോൾ ജ്ഞാനവിചാരം ചെയ്യാനോ അധ്യാത്മവിഷയങ്ങളെ ശരിക്കും കേൾക്കാനോ കൂടി പറ്റില്ല അതുകൊണ്ട് ഉപാസന കൊണ്ട് അല്പമൊക്കെ ജപം ഭഗവത് ജ്യാനം ഒക്കെ മനസ്സിനെ ഏകാഗ്രപ്പെടുത്തിയാൽ നല്ലതാണ് പക്ഷെ അത് ഏകാഗ്രപ്പെടുത്താനോ അതുകൊണ്ട് എന്തെങ്കിലും നേടിയെടുക്കാനോ അല്ല യോഗ സമാധികളൊക്കെ വരികയും പോവുകയും എന്നെങ്കിലും ഒരു ദിവസം തത്വജ്ഞാനാർത്ഥ ദർശനം ഉണ്ടാവണം തത്വജ്ഞാനാർത്ഥ ദർശനം എന്ന് വെച്ചാൽ തത്വം പദത്തിന്റെ ദർശനമാണ് അതായത് നമ്മൾ അന്വേഷിക്കുന്ന ആ ഭഗവാൻ അഥവാ ആ സത്യം നമ്മളിൽ എപ്പോഴും ഉണ്ട് എപ്പോഴും ഉണ്ട് എന്ന് വെച്ചാൽ ഇപ്പോൾ ഇവിടെ ഉണ്ട് എന്നർത്ഥം വളരെ പക്ഷേ ബുദ്ധിയും മനസ്സിനെയും ആശ്രയിച്ചുകൊണ്ടിരിക്കുന്ന കാലം വളരെ വിഷമം സത്യം വളരെ ലളിതമാണ് എന്തുകൊണ്ടെന്ന് വെച്ചാൽ സത്യം ലളിതമായിരിക്കാനേ പറ്റുള്ളൂ വിഷ്ണു സഹസ്രനാമത്തിൽ ഭഗവാൻ ഒരു പേര് സുലഭ എന്നാണ് വ്യാസൻ കള്ളം പറഞ്ഞതെന്ന് പറയാൻ പറ്റുമോ നിങ്ങൾക്ക് സുലഭാ അത് വ്യാസം വെറുതെ പറഞ്ഞതാണെന്ന് പറയാൻ പറ്റുമോ പിന്നെ എന്തിനാണ് സുലഭ എന്ന് പറഞ്ഞു സുലഭമാണ് സിദ്ധമാണ് കിട്ടിയവരൊക്കെ പറയുള്ളൂ ഇത്ര സുലഭമായ ഒരു സാധനം ഇല്ല എന്നാണ് പ്രഹ്ലാദൻ ഭാഗവതത്തിൽ പറയുന്നു ി അച്ുതം പ്രീണയത്തോ ബഹു ആയാസോ അസുരാത്മജ ആത്മത് സർവഭൂതം സിദ്ധത് അച്ഛന കയ്യ നക്കിയില് അതിനു വേണ്ടിട്ട് ഗർഭത്ത് കിടക്കുമ്പോ തന്നെ കിട്ടി യാതൊരു വിഷമമില്ല അതുകൊണ്ട് ആ അതോറിറ്റിയിൽ തന്നെയാണ് പ്രഹ്ലാദൻ പറയണത് വളരെ ഈസി രമണ മഹർഷിക്ക് അങ്ങനെ കിട്ടിയത് കൊണ്ട് അദ്ദേഹവും പാടി വളരെ ഈസിയാണെന്നാണ് അയ്യേ അതിസുലഭം ആത്മവിത്തെ അതിസുലഭം ഇത്ര സുലഭമായിട്ട് വേറൊന്നുമില്ല എന്നാണ് എല്ലാത്തിനേക്കാളും സുലഭമാണ് യാതൊന്നും ചെയ്യാനില്ല ഇവിടെ തന്നെയ പിന്നൈ ഏതറികൻ തന്നെയറിന് പിൻ എന്നെ ഉള്ളതറിയ ഭിന്ന ഉയളിൽ അഭിന്ന വിളക്കെമത്തിൽ ഉണര മിന്നും തന്നുൾ ആത്മപ്രകാശമേ അരുൾവിലാസമേ അഹവിനാശമേ ഇൻബ വികാസമേ അയ്യേ അതിസുലഭം ആത്മവിത്തയ്യേ അതിസുലഭം മൂന്ന് വാക്കാണ് പറഞ്ഞത് അരുൾ വിലാസമേ അഹവിനാശമേ ഇൻബ വികാസമേ ആ കൃപ കൃപ എന്ന് പറയുന്നത് പുറത്തൊന്നും ഒരു ശക്തിയല്ല സദാ ഉള്ളിലുണ്ടത് മനസ് അതിന് ട്യൂണ്ടാവുമ്പോ നമ്മളുടെ ശ്രദ്ധ അതിൽ പതിയുമ്പോ ആ കൃപയെ നമ്മൾ കാണുന്നു ആ കൃപാശക്തിയെ ഉള്ളിൽ കാണുമ്പോ അയ്യേം ഇതിന് പോയിട്ടാണോ ഉത്തരം എനക്കെട്ടത് എന്ന് തോന്നുന്നു ആചാര്യന്മാർ പറഞ്ഞു ബന്ധം സത്യമല്ല സൂര്യന് ഇരുട്ടിനെ അറിയുവോ സൂര്യന്റെ അടുത്ത് പോയി ഇരുട്ടിനെ കുറിച്ച് പറഞ്ഞാൽ നിങ്ങൾ പോയി കഴിഞ്ഞാൽ ഇവിടെ മുഴുവൻ ഇരുട്ട് വരുന്നു അപ്പൊ സൂര്യൻ ചോദിക്കും ഇരുട്ട് എങ്ങനെയുണ്ടാവും നിങ്ങളൊരു കാര്യം ചെയ്യൂ നാളെ ഏഴേ മുക്കാൽ വരെ ഇരിക്കണം അപ്പൊ ഏഴേ മുക്കാലിന് ഇരുട്ട് കാണാം എന്ന് പറഞ്ഞാൽ സൂര്യൻ നിന്നാൽ ഇരുട്ട് കാണുമോ രണ്ടുപേരെടുത്ത് നിൽക്കില്ല സ്വരൂപത്തിൽ അജ്ഞാനമില്ല അവിദ്യയില്ല സംസാരബന്ധമില്ല ഭഗവാൻ തന്നെ ഭാഗവതത്തിൽ പറയുന്നു ബന്ധോ മുക്തിരീതി വ്യാഖ്യ ഗുണതോമേനവസ്തുത ഗുണസ്യമായാമൂലത്വാത് നമേ മോക്ഷ നബന്ധനം മോക്ഷം ബന്ധമൊക്കെ മനസ്സിന്റെ മണ്ഡലത്തിലാണ് ഉപാധിയുടെ മണ്ഡലത്തിലാണ് പക്ഷെ സ്വപ്നമാണെങ്കിലും കാണുമ്പോ സത്യമാണ് അല്ലേ അതുകൊണ്ടാണ് സ്വപ്നത്തിൽ പലപ്പോഴും നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും അതിന് എഴുന്നേൽക്കാം കൂട്ടാക്കാത്തത് എന്തുകൊണ്ടാണ് സ്വപ്നമാണെങ്കിലും സ്വപ്നം രസകരമാണെങ്കിലും എഴുന്നേക്കാം കൂട്ടാക്കരാ ദിവസം പറഞ്ഞ പോലെ സ്വപ്നത്തിൽ ദുഃഖമുണ്ടെങ്കിൽ എഴുന്നേക്കും സുഖമുണ്ടെങ്കിൽ എങ്ങനെ എഴുന്നേൽക്കണം സ്വപ്നത്തില് അക്ബർ ചക്രവർത്തിയാണെന്നാണ് സ്വപ്നം കാണുന്നത് എഴുന്നേറ്റാൽ സാമ്രാജ്യമാണ് പോകാൻ പോണത് ഇപ്പൊ എണീറ്റപ്പോ ഇവിടെ കാര്യമായിട്ടൊന്നുമില്ല സ്വപ്നത്തിൽ ചക്രവർത്തിയാണെന്ന് സ്വപ്നം കാണുമ്പോൾ എന്തിനെ എഴുന്നേൽക്കണം അതാണ് വിഷമം അതുകൊണ്ട് സ്വപ്നത്തിന് അല്പം ദുഃഖം വന്നാൽ എണീറ്റാൽ നല്ല സന്തോഷമാകും അതുപോലെ ഇവിടെയും നമുക്കിത്തിരി ദുഃഖം വരുമ്പോ എഴുന്നേക്കാം കൂട്ടാക്കും എഴുന്നേക്കുമ്പോ സത്യത്തിനെ കാണും സത്യം സദാസിദ്ധമാണ് സുലഭമാണ് ആ സൗലഭ്യം തന്നെയാണ് അതിന്റെ വൈഷമ്യവും കാരണം ഏറ്റവും സിമ്പിൾ ആയതുകൊണ്ട് നമ്മൾ പറഞ്ഞത് അതൊന്നും മനസ്സിലാവണില്ല എന്നാണ് ഇത്ര സിമ്പിളായിട്ട് എന്താ ഉള്ളത് സത്യം നിങ്ങളുടെ ഉള്ളിലുണ്ട് നിങ്ങൾ തന്നെ അതാണ് ഞാൻ എന്ന രൂപത്തിലതുണ്ട് ഇത്തിരി യുക്തി പറഞ്ഞു കൊടുത്താൽ പിടികിട്ടണമുണ്ട് ഒക്കെ ഇരുട്ട് മുറിയായാലും അവിടെ ഇരുന്നാൽ ഞാൻ ഉണ്ട് എന്നുള്ള അനുഭവമുണ്ട് ശരീരമൊക്കെ മാറിയപ്പോഴും ഞാൻ എന്ന അനുഭവം മാറിയിട്ടില്ല മനസ്സ് പരിണമിച്ചാലും ഞാൻ എന്ന അനുഭവം പരിണമിക്കണില്ല ബുദ്ധി പരിണമിച്ചാൽ ഇതൊക്കെ മനസ്സിലാവുന്നുണ്ട് എന്തോ ഒരു കോൺസ്റ്റൻസി ഉള്ളിലുണ്ട് ഒരു കോൺസ്റ്റന്റ് പ്രിൻസിപ്പിൾ ഉള്ളിലുണ്ട് അതൊക്കെ അറിയുന്നുണ്ട് സിമ്പിളാണ് പക്ഷെ അവരുടെ മനസ്സിലാവണില്ല കുണ്ടലിനീ ശക്തി മൂലാധാരത്തിൽ നിന്ന് പുറപ്പെടുന്നു പറഞ്ഞാൽ എന്തോ ഒരു ഉത്സാഹം അല്ലെങ്കിൽ പിന്നെ വൈകുണ്ഠമാണോ കൈലാസമാണോ അവിടെയുണ്ടോ എവിടെയുണ്ടോ എന്നൊക്കെ പറയുമ്പോ ട്രാവലിംഗിന് ഇഷ്ടമാണല്ലോ യാത്ര ചെയ്യാൻ അതിനൊരു ഉത്സാഹം ഇങ്ങനെ പുറത്തുണ്ടെങ്കിലുമൊക്കെ പറഞ്ഞാൽ ആളുകൾക്ക് വലിയ ഉത്സാഹം അതിന് ഈ മതങ്ങൾ ധാരാളം ഉണ്ടതാണ് നാട്ടിൽ അതാണ് ഇതാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് പുരാണ കഥകൾ ഇഷ്ടം പോലെ ഇതിലൊക്കെ ചുറ്റി മറിഞ്ഞ് ജീവനാകപ്പാട് കൺഫ്യൂസായി വിഷമിച്ച് അവസാനം തന്റെ മനസ്സിനെയെ ഭഗവാൻ തന്നെ ഗീതയിൽ പറയണ ടെക്നിക്ക് അതാണ് മനസ്സുകൊണ്ട് തന്നെ മടുത്തിട്ട് മനസ്സിനെ ഉപേക്ഷിക്കൂ മനസ്സിനെ ഉപേക്ഷിച്ച് അപ്പോഴേ ചുമ്മാ ഇരുന്ന് പറഞ്ഞാൽ മനസ്സിലാവുള്ളൂ ആ സമയത്ത് ചുമ്മാര് ഇനി ഒന്നും ചെയ്യാൻ വയ്യായിരിക്കും എനിക്ക് ചിന്തിക്കാൻ പോലും മടി വരണം ചിന്തിക്കാൻ പോലും മടി കാരണം ചിന്തിച്ച് ചിന്തിച്ച് കൺഫ്യൂസ്ഡായി പല കഥകളും പല വർത്തമാനങ്ങളും പലതും ഒക്കെ ചിന്തിച്ച് ആകപ്പാടൊക്കെ കൂടെ പ്രശ്നമായി കഴിയുമ്പോ മനസ്സങ്ങട് നിശ്ചലമാവും നിശ്ചലമാവുമ്പോ കാണും അയ്യേ സത്യം ഇവിടെ തന്നെ സദാസ്വതന്ത്രമാണ് നമ്മളുടെ സ്വരൂപം ഒരു ഉദാഹരണത്തിന് ഒരു കഥ പറയാം ഒരു ഗുരു ഇങ്ങനെ പറഞ്ഞപ്പോ ശിഷ്യൻ പറഞ്ഞു അങ്ങ് പറയുന്ന പോലെ അത്ര എളുപ്പമാണെന്ന് തോന്നുന്നില്ല എന്റെ ഉള്ളിൽ എന്തൊക്കെ വികാരങ്ങളുണ്ട് ഇതൊക്കെ ഞാൻ കടക്കാതെ എങ്ങനെ അത് നേടാൻ പറ്റും അപ്പൊ ഗുരുവും ശിഷ്യന്മാരും കൂടെ ഒരു ദിവസം ഒരു കളി കളിച്ചു എല്ലാരും കൂടെ ഒരു ഗെയിം പിക്നിക് അപ്പൊ ഈ പറഞ്ഞ ശിഷ്യനെ വിളിച്ച് കണ്ണുകെട്ടിച്ചു തുണി കൊണ്ട് കണ്ണുകെട്ടു അതിനു വഴിയിൽ കുറെ പെട്ടികൾ വെച്ചു അട്ടപ്പെട്ടികൾ വെച്ചു എന്നിട്ട് ഈ ശിഷ്യന്റെ അടുത്ത് പറഞ്ഞു ആ ചുമരിൽ നിന്ന് നടന്ന് ഈ ചുമര് തൊടണം ഇതാണ് നിബന്ധന ഒരു പെട്ടിയിലും കാല് തൊടാതെ ധാരാളം പെട്ടികൾ വഴിയിൽ ഇട്ടിട്ടുണ്ട് ഇതുകൊണ്ടൊന്നും ഇതിലൊന്നും കാലു വയ്ക്കാതെ അവിടെ പോയി തൊടണം നേരെ ചുമ നടന്നാൽ കുറച്ച് സെക്കൻഡ്സ് മതി അവിടെ പോയി തൊടാൻ ഈ പെട്ടിയിലൊന്നും ഒരുപാട് പെട്ടികളും നിരത്തി വെച്ചിട്ടുണ്ട് ശിഷ്യനെ ഒരു മിനിറ്റ് എല്ലാം നോക്കാനും കണ്ണുകൊണ്ട് പഠിക്കാനും ഒക്കെ കാണിച്ചു കൊടുത്ത് കണ്ണ് കെട്ടി കെട്ടിക്കഴിഞ്ഞ് വൺ ടു ത്രീ പത്ത് പേരെ എണ്ണി നടക്കാൻ പറഞ്ഞു ഇയാൾ പതുക്കെ കാല് വയ്ക്കുമ്പോഴേക്കും എല്ലാവരും കൂടെ ശബ്ദം ഉണ്ടാക്കും അപ്പൊ ഇയാൾ പിന്നോക്കം പിന്നെ കാല് വയ്ക്കുമ്പോഴേക്കും ശബ്ദം ഉണ്ടാക്കും പോകും ഇയാൾ പതുക്കെ പതുക്കെ പതുക്കെ കട്ട വിരൽ വെച്ച് ചൂണ്ടുവരൽ വെച്ച് ആലോചിച്ച് ഉള്ളിൽ മുഴുവൻ പെട്ടി എവിടെ എവിടെ കിടക്കേണ്ടതൊക്കെ കണക്കാക്കി വെച്ചിട്ടുണ്ട് എങ്ങനെയാ പോകേണ്ടതൊക്കെ കണക്കാക്കിയിട്ടുണ്ട് എന്നിട്ട് അതിന്റെ ഇടയ്ക്കൂടെ നടന്ന് ഇടക്കൂടെ നടന്ന് കഴിയുന്നതും ഒരു പെട്ടിയിലും തൊടാതെ പകുതി ദൂരം എത്തുമ്പോ തന്നെ അരമണിക്കൂർ ഒരു മണിക്കൂറായി പിന്നെ ഒരു ഒന്നൊന്നര മണിക്കൂർ കൊണ്ട് പതുക്കം നടന്നു ഒരു പെട്ടിയിലും തൊടാതെ അവിടെ പോയി തൊട്ടപ്പോ അയാൾക്ക് വലിയ സന്തോഷം എന്തോ നേടിയെടുത്ത സന്തോഷത്തോടുകൂടെ കണ്ണിൽ കെട്ടഴിച്ചു നോക്കുമ്പോ തമാശ എന്താന്ന് വെച്ചാൽ വഴിയിൽ ഒരു പെട്ടിയില്ല ഇയാൾക്ക് കണ്ണു കെട്ടിയപ്പോ തന്നെ അവൾക്ക് അവിടുന്ന് എടുത്തു കഴിഞ്ഞു പക്ഷെ ഇയാളുടെ ഉള്ളിൽ മുഴുവൻ പറ്റിയാണെന്നൊക്കെ എന്തെങ്കിലും എത്ര വിഷമം ഉണ്ടാവുമോ അത്രയും അനുഭവിച്ച് നടന്നിട്ടാണത് തുടർന്നത് ഇതുപോലെ ജീവന്റെ സ്വരൂപത്തിൽ യാതൊരു വിഷമങ്ങളുമില്ല രാഗം ദ്വേഷം കാമം ക്രോധം ഒന്നും സത്യമല്ല മഹർഷി ഇതിന് ഉപയോഗിക്കുന്ന യുക്തി ഒരാൾ പറഞ്ഞു എനിക്ക് വല്ലാതെ ദേഷ്യം വരുന്നു ഞാൻ എങ്ങനെ നിയന്ത്രിക്കും ആചാര്യസ്വാമികൾ ആത്മബോധത്തിന് പറയണതാണ് കാമം ക്രോധമൊക്കെ വരണമെന്ന് പറയുമ്പോ അതിന് ചോദിക്കുന്നത് കാമം ക്രോധമൊക്കെ ഉറങ്ങുമ്പോ വരുന്നുണ്ടോ ഉറക്കത്തിലൊന്നുമില്ലല്ലോ എന്തുകൊണ്ടില്ല മനസ്സവിടെ പോയി ലയിച്ചത് കൊണ്ടില്ല ഉറക്കത്തിൽ നീയുണ്ടോ ഉറക്കത്തിൽ ഞാനുണ്ട് ജീവനുണ്ടല്ലോ അഹങ്കാരമില്ല പക്ഷെ ജീവൻ ഉണ്ടല്ലോ അസ്തിത്വമുണ്ടല്ലോ ഞാനുണ്ട് മനസ് അപ്പോ ഈ കാമം ക്രോധമൊക്കെ നിന്നിലില്ല മനസ്സിലാണുള്ളത് മനസ്സ് ലയിക്കുമ്പോ അവയൊക്കെ ലയിക്കുകയും മനസ്സ് പൊന്തുമ്പോ അതൊക്കെ പൊന്തുകയും ചെയ്യുന്നു മനസ്സിനെ ഞാനാണെന്നും എന്റെ സ്വരൂപമാണെന്നും അംഗീകരിച്ചാൽ ഇതിനെയൊക്കെ നിന്നിലുള്ളതായിട്ട് നീ അംഗീകരിക്കേണ്ടി വരും മനസ്സിനെ അംഗീകരിക്കാതിരുന്നാ മതി മനസ്സ് ഞാനല്ല എന്നാദ്യം നീക്കം ചെയ്യൂ അതില് തോട്ട്സ് വരട്ടെ ഒക്കെ വരും പോവും ഒന്നും പിടിച്ചു നിർത്താതിരുന്നാൽ മതി ഒന്നിനും പ്രാമുഖ്യം കൊടുക്കാതിരുന്നാൽ മതി അതൊക്കെ പറയട്ടെ പോട്ടെ ജപം ചെയ്യുമ്പോ നാമജപം ചെയ്യുമ്പോ പലരും പറയും ജപിക്കാമൊന്നും പറ്റില്ലേ ഒരുപാട് വിചാരങ്ങൾ വരുന്നു എന്ന് പറയും വിചാരത്തിനും ജപത്തിനും എന്ത് സംബന്ധം അത് പലരോടും അതുകൊണ്ട് അങ്ങനെ ഒരു വഴി പറഞ്ഞു കൊടുക്കാറുണ്ട് ജപിക്കാനിരിക്കുമ്പോ ഒരു മണിക്കൂർ ജപം ചെയ്യാനിരിക്കുകയാണെങ്കിൽ മനസ്സിനോട് പറയാ മനസ്സേ നനക്കത ഒരു ഹോൾ വേൾഡ് ടൂർ ടിക്കറ്റ് ഞാൻ വാങ്ങിച്ചു തരാം നീ എവിടേക്ക് വേണമെങ്കിൽ പോയിക്കോ എന്ത് വേണമെങ്കിൽ ചിന്തിച്ചോ ആരെ വേണമെങ്കിൽ നോക്കിക്കോളൂ എന്തൊക്കെ തന്നെ ഭാവന ചെയ്തോളൂ ഞാൻ ഇവിടെ നിന്ന് നനക്ക് നിന്റെ വഴി എനിക്ക് എന്റെ വഴി ശരണാനന്ദ സ്വാമി എന്ന് പറഞ്ഞൊരു മഹാത്മാവുണ്ടായിരുന്നു അദ്ദേഹത്തിനടുത്ത് ഒരു ഗാന്ധി മൂവ്മെന്റിലുള്ള ഒരാൾ പറഞ്ഞു ഈ മനോനാശം എന്ന് വേദാന്തികൾ പറയുന്നുണ്ടല്ലോ ആ മനോനാശം എങ്ങനെ വരട്ടും അതിനെന്താ വഴി എന്ന് ചോദിച്ചു അദ്ദേഹം പറഞ്ഞു അയ്യോ നിങ്ങൾ മഹാത്മാഗാന്ധിയുടെ ഫോളോവറായിട്ട് ഈ അദ്ദേഹം അഹിംസാവാദിയാണ് നിങ്ങൾ ഹിംസയെ കുറിച്ചൊക്കെ വർദ്ധവാനം പറഞ്ഞു നാശം നശിപ്പിക്കുക കൊല്ലുക ഇതൊന്നും വേണ്ട ഗാന്ധിയുടെ പ്രിൻസിപ്പിൾ തന്നെ ഉപയോഗിച്ചാ മതി ഗാന്ധിയുടെ പ്രിൻസിപ്പിൾ എന്താ നോൺ കോപ്പറേഷൻ നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് അല്ലെ മനസ്സിനോട് കോപ്പറേറ്റ് ചെയ്യാതിരിക്കുക അത് തനിയെ ഇല്ലാതായിക്കോളും മനസ്സിനോട് നോൺ കോപ്പറേഷൻ അതെന്ത് വേണമെങ്കിൽ പറയട്ടെ അയാള് നമ്മളുടെ വഴിക്ക് വരികയാണെങ്കിൽ വരട്ടെ അല്ലെങ്കിൽ അയാളുടെ അയാളുടെ വഴിക്ക് പോവുകയാണെങ്കിൽ പോകട്ടെ ഞാൻ ധർമ്മം ധർമ്മം എന്നുള്ളതിന്റെ ഡെഫനീഷൻ തന്നെ അതാണ് നമ്മളുടെ ഇഷ്ടാനിഷ്ടത്തിന് പ്രാമുഖ്യം കൊടുക്കാതെ ചെയ്യേണ്ടത് ചെയ്യുന്നതിന് പേരാണ് ധർമ്മം എനിക്കിഷ്ടമുണ്ടാവും ഇഷ്ടമില്ലാതിരിക്കുക അതൊക്കെ എനിക്ക് അല്ലാതെ എന്റെ മനസ്സിലുള്ള ദൂഷ്യമാണിതൊക്കെ ധർമ്മം എന്താണ് ഞാൻ അമ്മയെ നോക്കണം അച്ഛനെ നോക്കണം നോക്കണം അമ്മയെ നോക്കാൻ എനിക്കിഷ്ടമല്ല അച്ഛനെ നോക്കാൻ എനിക്കിഷ്ടം ഇഷ്ടമുണ്ടാവോ ഇല്ലയോ ഇതൊക്കെ ചോദിച്ചില്ല ചെയ്യേണ്ടത് കാര്യമിത്യേവയത് കർമ്മ നിയതം ക്രിയത്തെ അർജുന സംഘം തിക്വാഫലം ചെയ് അതാണ് ധർമ്മത്തിന്റെ ഡെഫിനേഷൻ ഭഗവാൻ ഗീതയിൽ തന്നെ പരടവ് ചെയ്യേണ്ടതൊക്കെ ചെയ്യണം അപ്പൊ ഓഫീസിൽ ചെയ്യണില്ലേ മനസ്സിൽ മൂടില്ലാന്ന് പറഞ്ഞിട്ട് അന്നൊന്നും സമർപ്പിക്കേണ്ട ഫയൽ കൊടുക്കാതിരിക്കണോ എഴുതാതിരിക്കണോ പണി ചെയ്യാതിരിക്കണോ അവിടെ വേണ്ടത് ചെയ്യണം അതേപോലെ ലോകകാര്യത്തിലും മനസ്സിന് ഉപേക്ഷിക്കുക അധ്യാത്മകാര്യത്തിലും മനസ്സിനെ ഉപേക്ഷിക്കുക മനസ്സ് എന്ത് വേണമെങ്കിലും പറയട്ടെ വീട്ടിൽ വയസ്സായ ഒരാളുണ്ടെങ്കിൽ അവരിങ്ങനെ എന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കും അല്ലെ ചെറുപ്പക്കാരൊക്കെ എന്ത് ചെയ്യും അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും ഇരിക്കട്ടെ എന്നോ അതുപോലെ ഒരുപാട് വയസ്സായ ഒരാളാണ് അദ്ദേഹം എത്ര ജന്മമായി തുടങ്ങി അദ്ദേഹം ഏർപ്പാട് അതുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ പിറുപിറുക്കും നമ്മൾ തർക്കുത്തരം പറഞ്ഞാൽ കൂടുകയുള്ളൂ അല്ലേ അതുകൊണ്ട് മനസ്സിനോട് തർക്കുത്തരം പറയരുത് അതിനെ പറയാൻ വിടുക പറഞ്ഞു കുറെ കഴിയുമ്പോൾ നിശ്ചലമാവും നമ്മൾ അങ്ങനെ കോപ്പറേഷൻ പോസിറ്റീവായിട്ടോ നെഗറ്റീവായിട്ടോ നമ്മൾ എന്തെങ്കിലും വിധത്തിൽ അതിനോട് കോപ്പറേറ്റ് ചെയ്താൽ അതിന് ബലം കൊടുക്കും അതുകൊണ്ട് മനസ്സ് എന്റെ സ്വരൂപമല്ല മനോബുദ്ധി അഹങ്കാര ചിത്താധിനാഹം ന്രോത്രജിഹേ നഘ്രാന നേത്ര നവ്യോമഭൂമിർന തേജോനവായു ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം ചിദാനന്ദരൂപ ശിവോഹം എന്ന് പറയാൻ പാടില്ല മനോബുദ്ധി അഹങ്കാര ചിത്താനിരാഹം എന്നറിഞ്ഞാൽ ബാക്കിയുള്ളതാണ് ചിദാനന്ദരൂപമായ ശിവം അത് പറയേണ്ടതല്ല അവിടെ ഉണ്ട് കാണും നിങ്ങൾ ചിത്തിന്റെ ആനന്ദം ശിവം ബോധം പ്രജ്ഞാനം അവിടെ പ്രകാശിക്കും മനസ്സിനോട് സംഘമുള്ളതുകൊണ്ട് മനസ്സിൽ വരുന്ന വിചാരങ്ങൾക്കൊക്കെ പ്രാമുഖ്യം കൊടുക്കുന്നത് ആ ചിദാനന്ദം ശ്രദ്ധിക്കപ്പെടാതെ പോകും ആ ശ്രദ്ധ ആ ചിതാനന്ദത്തിൽ വീഴുകയും ആ ചിതാനന്ദം ഭഗവത് സ്വരൂപമാണെന്നറിയുകയും അതിൽ കൂടുതൽ ഒന്നും അറിയാനില്ല എന്നുള്ള ഉറപ്പുവരികയും ചെയ്യുന്നതാണ് അധ്യാത്മജ്ഞാന നിത്യത്വം തത്വജ്ഞാനാർത്ഥ ദർശനം എന്ന് ഭഗവാൻ ഒരു മുത്തായ്പ് വെച്ചത് അവസാനിപ്പിച്ചു ഇനി ഇതിനെ ഡെഫനേഷൻ കൊടുക്കാൻ പോവുക ഏത് ജ്ഞാനം ഇതിപ്രോക്തം അജ്ഞാനം ഏതോന്യഥ അജ്ഞാനം എന്താണ് മാനം ദമ്പം ഹിംസ എന്നൊക്കെ എന്തൊക്കെ ഇതിന് ഓപ്പോസിറ്റ് ഉണ്ടോ അതൊക്കെ അജ്ഞാനം അമാനിത്വം അദംബിത്വം അഹിംസാ ഇതിനെ നേരെ ഈ സൈഡിൽ വിപരീതമായിട്ടൊക്കെ എഴുതിയാൽ അജ്ഞാനമായി ദമ്പം കാണിച്ചാൽ അജ്ഞാനമായി ഹിംസ ചെയ്താൽ അജ്ഞാനമായി അഭിമാനിച്ചാൽ അജ്ഞാനമായി ഇതൊക്കെ അജ്ഞാനത്തിന് രക്ഷണം അപ്പൊ ജ്ഞാനം എന്ന് പറയുന്നത് ശാന്തിയാണ് ആനന്ദമാണ് പൂർണ്ണതയാണ് ശരണാഗതിയാണ് ആ ജ്ഞാനത്തിനെ ഭഗവാൻ ഇവിടെ പറഞ്ഞു ഇനി ജ്ഞാനം കൊണ്ട് അറിയപ്പെടേണ്ടതായ വസ്തു അതെന്താണ് എന്നാണ് അടുത്ത ശ്ലോകം നോക്കാം ജ്ഞേയം യത്ത പ്രദക്ഷ്യാമി യജ്ഞാമൃതമ്നുതേ अनादुच्य ज्ञेय ज्ञाप्वा अमृत अश्नुते न पुनः म्रियते अण पे अल को मरणमी മരണത്തിനെ അയാൾ അതിക്രമിക്കുന്നു അവിയലെടുത്ത് കഴിക്കുന്ന പോലെ മരണത്തിനെ കഴിച്ച് ഭക്ഷിച്ചു കളയുന്നു എന്നാണ് ഉപനിഷത്ത് പറഞ്ഞത് ഓദനം മൃത്യുഹൂ യപസേചനം ഭക്ഷണത്തിനോ കൂട്ടാനോ അല്ലെങ്കിൽ നെയ്യോ എന്തെങ്കിലുമൊക്കെ സേചനം ചെയ്യുന്ന പോലെ നനയ്ക്കുന്ന പോലെ അതിനെ എടുത്ത് ഭക്ഷിക്കുന്ന പോലെ ഞാനിയും മൃത്യുവിനെ എടുത്ത് ഭക്ഷിച്ചു കളയുന്നു പരീക്ഷത്തിന് ഭാഗവതത്തിൽ ശ്രീശുഖബ്രഹ്മ മഹർഷി പറഞ്ഞു മൃത്യുവിനാ മൃത്യു ഈശ്വരം നിനക്ക് നീ മൃത്യുവില്ലപ്പാ മരണം നിനക്ക് പ്രശ്നമല്ല മരണം തനിക്കില്ല കാരണം മരണത്തിന് താൻ വിഴുങ്ങിക്കിറഞ്ഞിരിക്കുന്നു അങ്ങനെയൊന്നും എന്തോ നിങ്ങൾ ചിലപ്പോ ഭഗവത്ഗീത എന്തോ നടക്കണോ നല്ല കാര്യം കേൾക്കാം എന്ന് പറഞ്ഞ് വന്നവരായിരിക്കാം ചിലപ്പോൾ ഇത്രയൊന്നും സീരിയസ് ആയിട്ടൊന്നും ചിലപ്പോൾ ചിന്തിച്ചിട്ടുണ്ടാവില്ല അല്ലെ മരണം ജനനം അതൊന്നൊക്കെ രക്ഷപ്പെടാൻ പറ്റും ഉപനിഷത്ത് പറയണത് ജീവന്റെ എവലൂഷനിലെ ഏതോ ഒരു പ്രത്യേക ഘട്ടത്തിൽ ഒരു ധന്യ മുഹൂർത്തത്തിലാണ് നമ്മൾ ഒഴിച്ചുകൂടാൻ സാധ്യമല്ലാത്തത് എന്ന് അംഗീകരിച്ചിരിക്കുന്ന ജന്മമൃത്യു ജലാവ്യാധികളിൽ നിന്ന് നമുക്ക് പുറത്തു പോകാനുള്ള വഴിയുണ്ട് എന്നുള്ള ഒരു സന്ദേശം ചെവിയിൽ വീണതെന്നാണ് ഈ ജീവൻ അംഗീകരിക്കാനും ആ പദ്ധത്തിൽ സഞ്ചരിക്കാനും ഒരു പക്ഷെ ജന്മങ്ങൾ വേണ്ടി വന്നേക്കാം അതിന്റെ മെച്ചൂരിറ്റി അനുസരിച്ചിരിക്കും എന്ന് പറഞ്ഞ പോലെ കുറയണം അല്ലേ ആദ്യത്തെ ദിവസം പറഞ്ഞു അനീഷ് ജന്മത്തിലേക്ക് ആദ്യം വരുമ്പോ നയന്റി നയൻ ഒരു പെർസെന്റ് മനുഷ്യനുമായിട്ടാണ് വരേണ്ടത് രൂപം മാത്രം മനുഷ്യന്റെ ആയിരിക്കും അപ്പൊ അങ്ങനെയൊന്നും ഉള്ളിലേക്ക് കയറില്ല ഒരു അമ്പത് പെർസെന്റ് മൃഗവും ഒമ്പത് പെർസെന്റ് മനുഷ്യനാവുമ്പോഴാണ് സത്സംഗത്തിലൊക്കെ പതുക്കെ പതുക്കെ എത്തി നോക്കണതും ഒക്കെ അത് പതുക്കെ ഒരു മുപ്പത് ശതമാനമൊക്കെ ആവുമ്പോഴാണ് വളരെ ഗൗരവമേറിയ വിഷയങ്ങൾ ചെവിയിലൊക്കെ അങ്ങനെ വീഴും അംഗീകരിക്കുമെന്ന് പറയാൻ പറ്റില്ല വീഴും ചെവിയിൽ വീഴും മനസ്സിലായി തോന്നും മനസ്സിലായില്ലാൻ തോന്നും പലതുമായിട്ട് നമ്മളുടെ വാസന അതിൽ മിക്സറായിട്ട് വരും ശ്രവണത്തിലെ ശ്രവണ സംസ്കാരത്തിൽ വാസന മിക്സറായിട്ട് വരും ചിലതൊക്കെ നമ്മൾ രസിക്കും ചില കഥകളൊക്കെ എന്റർടൈൻമെന്റ് ആയിട്ട് എടുക്കും ഒരു പാട്ടുകച്ചേരി പോലെയാണെന്ന് ധരിക്കും ചില ആളുകൾ ഞങ്ങളെയൊക്കെ അങ്ങനെ ധരിച്ചവരുണ്ട് പാട്ടുപാടുന്നവരെ പോലെ വന്നിട്ട് ഒരാൾ പറഞ്ഞു നിങ്ങളുടെ പ്രഭാഷണമൊക്കെ ചെയ്യുന്നതാണ് ആ അതെ ഒന്ന് പറയൂ നോക്കട്ടെ പാട്ട് പാടാനൊക്കെ പറയണ പോലെയാണ് ഒന്ന് പറയൂ നോക്കട്ടെ അപ്പൊ ഇങ്ങനെ പലതരത്തിലാണ് ശ്രോതാക്കൾ അത് വളരെയധികം ധന്യമായ ഒരു മുഹൂർത്തം ഈ ജീവന്റെ പരിണാമത്തിലോ ഉണ്ടാവണത് എവിടെയോ ഇത് കേൾക്കും ലിസണിംഗ് ശ്രവണ ഉണ്ടാവും ശ്രവ അത് ചിലപ്പോ പ്രഭാഷണമൊന്നും വേണമെന്നില്ല എന്നാ പറയണത് ആ പക്വസ്ഥിതിയാവുമ്പോ ജനകമഹാരാജാവ് അരമനയിലുള്ള ജോലിയൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ വിശ്രാന്തിക്കായിട്ട് പൂന്തോട്ടത്തിലിരിക്കുമ്പോ ഏതോ നികുഞ്ചങ്ങളിൽ സിദ്ധന്മാര് പാടുന്നത് കേട്ട് പ്രബുദ്ധനായി എന്നാണ് അടുത്തിരിക്കുന്ന എവിടെയോ വള്ളിക്കുടലുകൾ സിദ്ധന്മാർ പാടുന്നത് വേറെ ആർക്കും കേട്ടില്ലേ അദ്ദേഹത്തിന് കേട്ടു പ്രബുദ്ധോസ്മി പ്രബുദ്ധോസ്മി ദൃഷ്ടസോരോയമാത്മനഹ മനോനാമേഹ ഹന്മേഹം മനസാസ്മി ചിരം ഹതാ എന്ന് തുള്ളിച്ചാടിയത്ര അദ്ദേഹം എവിടോ ആ ശ്രവണം അപ്പൊ ആ ഇറ്റ്സ് എ വേർ ഫിനോമിനാണ് ഹിയറിംഗ് ധാരാളം ഉണ്ടാവും ലിസണിങ് എപ്പോഴോ ആണ് ശ്രവണമെന്നുള്ളത് വാസ്തവത്തിൽ ഉണ്ടാവുന്നത് അപൂർവമാണ് അങ്ങനെ കേട്ട് കഴിയുമ്പോൾ ജീവൻ ആദ്യം അത് വിചിത്രമാണ് എന്താന്ന് വെച്ചാൽ ശരീരത്തിനുള്ളത്തോളം ഒഴിച്ചുകൂടാൻ കഴിയാത്തതെന്ന് ഞാൻ വിശ്വസിച്ചിരുന്ന മൃത്യു ഇവിടെ ഭഗവാൻ പറഞ്ഞു നിയത്തെ മരിക്കില്ലാന്നാണോ സിംബോളിക്കായിട്ട് പറഞ്ഞതാണോ അല്ല സത്യമാണ് ഏഴ് ദിവസം ഭാഗവതം പറഞ്ഞിട്ട് പരീക്ഷത്തിനോട് സുഖബ്രഹ്മ മഹർഷി പറയാണ് താനിനി മരിക്കൂ എന്നുള്ള മണ്ടത്തരം ഉപേക്ഷിക്കുകയാണ് സ്വംതു രാജൻ മരിഷ പശുബുദ്ധിമിമാം ജഹി താൻ ജനിച്ചിട്ടേയില്ല ആർക്കെങ്കിലും ജനിച്ചത് ഓർമ്മയുണ്ടോ ബർത്ത്ഡേ എത്ര കാലമായി ബർത്ത്ഡേ ആഘോഷിക്കുന്ന ഒരാൾക്കെങ്കിലും ബർത്ത്ഡേ ഓർമ്മയുണ്ടോ ദേഹം ജനിച്ചതാണ് ഞങ്ങൾ ആഘോഷിക്കണത് എന്ന് പറഞ്ഞാൽ ദേഹം ഓരോ സെക്കൻഡിലും ജനിക്കുന്നുണ്ട് അന്ന് ജനിച്ച ദേഹമല്ല ഇന്ന് ദിവസം ജനനമാണ് ശരീരത്തിന് ഓരോ ക്ഷണത്തിലും ജനനമാണ് അപ്പൊ ദേഹത്തിന്റെ ബർത്ത്ഡേ ഒന്നും പറയാൻ പറ്റില്ല മനസ്സിന് ബർത്ത്ഡേ പറയാൻ പറ്റുമോ അത് എപ്പോഴും പരിണമിച്ചു പിന്നെ ആരുടെയാ ബർത്ത്ഡേ എന്റെ ഈഗോവിന്റെ ബർത്ത്ഡേ അഹങ്കാരത്തിന്റെ ബർത്ത്ഡേ ആണ് മൂപ്പനും കുറെ കാലമായി തുടങ്ങിയിട്ട് ഏർപ്പെടും അപ്പോ ജനനം എങ്ങനെ സത്യമല്ലയോ അതുപോലെ മരണവും സത്യമല്ല അതുകൊണ്ടാണ് നമ്മൾ ആരും മരണത്തിനെ വിശ്വസിക്കാത്തത് ഇന്നേ മരണത്തിൽ വിശ്വസിക്കുന്ന ഒരാളെയും ഞാൻ കണ്ടിട്ടില്ല ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ ആശ്ചര്യം തോന്നി ഞങ്ങൾക്കൊക്കെ വിശ്വാസം നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾ ആരെങ്കിലും ഇവിടെ അന്ന് പറഞ്ഞുവല്ലോ അല്ലെ ഇത് തലയിൽ വീഴും എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ കെട്ടിടം ഇപ്പൊ തലയിൽ വീഴും എന്ന് പറഞ്ഞാൽ ഇരിക്കാൻ പറ്റുമോ അതുകൊണ്ടാണ് എത്ര വയസ്സായ ആൾക്കും കണ്ടാലും വിശ്വാസമൊന്നും മരണയിലാണ് ഇപ്പോ മറന്നു പോകും അതാണ് ഏറ്റവും ആശ്ചര്യം എന്ന് ധർമ്മപുത്രർ പറഞ്ഞു രക്ഷാപ്രശ്നത്തിൽ അതിന് കാരണം മരണമില്ലായ്മയുടെ അനുഭവം എവിടെയോ നമ്മളുടെ ഉള്ളിലുണ്ട് അതുകൊണ്ട് ഇപ്പോ ഭഗവാൻ ഏതൊന്നിനെ അറിഞ്ഞാലാണോ മരണമില്ലാത്തത് എന്ന് പറയുന്നു അത് നമ്മൾ ഓൾറെഡി നമ്മളുടെ അനുഭവത്തിലുണ്ട് അതിൽ മരിക്കുന്നതായ വസ്തുവിനെ കൂട്ടിക്കലർത്തിയിരിക്കുകയാണ് മാറ്റിയാൽ മതി അതാണ് തപസ് ജ്ഞാനതപസ് എന്ന് ഭഗവാൻ ഗീതയിൽ പറയണ ജ്ഞാനതപസ് അത്രയുള്ളൂ നിരന്തരം വളരെ ഗൗരവത്തോടെ എടുക്കണം ഇതിൽ വേറെ ഒരു ഉദ്ദേശവും നമുക്ക് പാടില്ല എനിക്കും അതുദ്ദേശമായിരുന്നാൽ എനിക്ക് പ്രയോജനപ്പെടും ഇതിൽ വേറെ ഒരു ഉദ്ദേശം ഉണ്ടാവാൻ പാടില്ല അതുകൊണ്ടാണ് പറയുന്നത് ആദ്യത്തെ പടിയായിട്ട് ജന്മമൃത്യു ജലാവ്യാധി ദുഃഖദോഷാനുദർശനം എന്നിട്ടാണ് ഞാൻ മുറിയതെന്ന് പറഞ്ഞത് ആദ്യം മരണത്തിനെ കണ്ട് ഭയപ്പെടണം മൃത്യു ഭക്തിർഭവേ മരണജന്മഭയം ഹൃദയസ്ഥം സ്നേഹോ നന്ധുഷു നന്മഥജാ വികാരാഹ സംസർഗദോഷരഹിതാ വിജനാ വനാന്ത വൈരാഗ്യമസ്തി കിമ പരമർത്ഥനീയം എന്ന് ഭർത്തൃഹരി വൈരാഗ്യശതകത്തിൽ പാടി ശിവനോട് ഭക്തിയും മരണധന്മത്തിനെ പേടിയും ഏകാന്തമായ കാടുകളിൽ വാസവും സത്സംഗവും ഉണ്ടെങ്കിൽ അതിൽ കൂടുതൽ എന്ത് വേണം വൈരാഗ്യവും കൂടെ ഉണ്ടെങ്കിൽ എന്ത് വേണമെന്നാണ് അപ്പൊ ആദ്യം ഭയപ്പെടുകയും പിന്നെ ഇല്ലെന്ന് കാണുകയും ആദ്യം ഭയപ്പെടുമ്പോ എന്താവും ദേഹത്തിന് മരണമുണ്ട് എന്നുള്ള ഫാക്ടിനെ നിങ്ങൾ നല്ലവണ്ണം കാണുകയാണ് ഫസ്റ്റ് സ്റ്റെപ്പ് അതാണ് ഇത് വിട്ടുപോകും പലരും മരിക്കുന്നതൊക്കെ മുമ്പിൽ കാണുന്നു ഇതുപോലെ ഇതും പോയിപ്പോകും പിന്നെ എന്തിനാണ് ഈ കിടന്ന് ഈ ലോകത്തിൽ വ്യഗ്രത കൂട്ടണൊക്കെ ഞാൻ അതുകൊണ്ട് ആവശ്യത്തിന് വേണ്ടത്ര വ്യവഹരിക്കാം വ്യവഹരിക്കാതെ ഇരിക്കുന്നില്ല പക്ഷേ ഇവിടെ എന്തോ നിത്യമായി പോലെ ഈ ശരീരത്തിന് വ്യാധി വരാതെ എനിക്ക് ബേസിക്കലി ഇത്രേ പ്രോബ്ലംസ് ഉള്ളൂ വ്യാധി വാർദ്ധക്യം ഇത് രണ്ടും ബോഡി ഉള്ളപ്പോൾ വരുന്ന പ്രോബ്ലംസ് ശരീരം മരിച്ചു പോകും ഇതിനൊന്നും പരിഹാരമില്ല പിന്നെ ബാക്കിയൊക്കെ കാണിച്ചിട്ട് എന്ത് കാര്യം ഒരു ഗ്രഹത്തിൽ കയറി ശൂന്യാകാശത്തിൽ പോയിട്ട് വന്നു പിന്നെന്ത് കാര്യം എന്താ കാര്യം ശൂന്യാകാശത്തിൽ പോയിട്ട് വരുന്നതിനും ഇവിടുന്ന് വലിയ ശാലയ്ക്ക് പോയിട്ട് വരുന്നതിനും ഒരു വ്യത്യാസവും ഇല്ല രണ്ടും ഉള്ളിലിരുന്നു പോയി വന്നു അത്രയേ ഉള്ളൂ ആളേ ആള് തന്നെ ആൾക്കുവെല്ലാം വ്യത്യാസം വന്നു ി കുറച്ച് രോഗങ്ങൾ കുറച്ച് അധികമാകും കാരണം അവിടുത്തെ സ്പേസൊക്കെ മാറിയതുകൊണ്ട് കുറച്ച് ശാരീരികമായ പ്രശ്നങ്ങൾ വലതുണ്ടാവുമായിരിക്കും എത്രയേ ഉള്ളൂ പിന്നെന്താ കുറച്ച് അഭിമാനം ആ അഭിമാനം എത്ര കണ്ട് എത്ര നേരത്തേക്കുണ്ട് കുറച്ച് നേരത്തേക്ക് ഇങ്ങനെ മനുഷ്യൻ തനിക്ക് ഒരു പ്രയോജനമില്ലാത്തതും കേവലം അഭിമാനത്തിന് വേണ്ടിയും മാത്രമേ എത്ര സമയം ചെലവാക്കണം ാണ് ഈ ബാഹ്യകാര്യങ്ങളിനോട് വിരക്തി വരണമെന്ന് നില പറഞ്ഞത് ഇതിപ്പോ ലോകത്തിൽ വിരക്തി വരാനോ ലോകത്തിൽ പ്രചരിപ്പിക്കാനോ അല്ല അറിവുള്ളൊരു വ്യക്തി തനിക്ക് ശാന്തി വേണമെന്ന് നിശ്ചയിക്കുമ്പോ തനിക്ക് സത്യദർശനം വേണമെന്ന് നിശ്ചയിക്കുമ്പോ അയാൾക്ക് വരാനാണ് അല്ലാതെ ഇത് സമൂഹത്തിന് വേണ്ടിയിട്ടോ ലോകം നന്നാക്കാൻ വേണ്ടിട്ടോ അല്ല ഏർപ്പാടില്ല അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വേണ്ടിയിട്ടാണത് എനിക്ക് അധ്യാത്മജ്ഞാന നിത്യത്വം വേണം എനിക്ക് തത്വജ്ഞാനാർത്ഥ ദർശനം വേണം ഞാൻ വാസ്തവത്തിൽ എന്റെ മുമ്പിൽ കാണുന്നു മരണത്തിനെ കാണുന്നു ജരയെ കാണുന്നു വ്യാധിയെ കാണുന്നു ഈ പ്രശ്നങ്ങൾ എന്റെ മുമ്പിലുണ്ട് ജയിലിൽ കിടക്കണ പോലെ ഇരിക്കുന്നു ഭഗവാനെ എങ്ങനെ രക്ഷപ്പെടും ആയുർനശ്യതി പശ്യതാം പ്രതിദിനം യാതിക്ഷയം യൗവനം പ്രത്യാന്തിഗതാ പുനർന്ന ദിവസാ കാലോ ജഗദ്ഭക്ഷക ലക്ഷ്മി പോയ തരംഗ ഭംഗബലാം വിദ്യുച്ഛലം ജീവിതം തസ്മാൻ മാം കരുണാകര കരുണയാത്വം രക്ഷരക്ഷാധുനം ശങ്കരാചാര്യസ്വാമികൾക്ക് എന്താ ഭ്രാന്തണോ ഇങ്ങനെയൊക്കെ പറയാം നമ്മളെ ഭയപ്പെടുത്താൻ വേണ്ടി പറഞ്ഞതാണോ ഓരോ ദിവസം കഴിയുമ്പോഴും കുടത്തിൽ ദ്വാരമുള്ള കൊടത്തിൽ നിന്നും വെള്ളം പോകുന്ന പോലെ ഭഗവാനെ ആയുസ് പോയിക്കൊണ്ടിരിക്കണം യൌവനമൊക്കെ പോയി വാർദ്ധക്യം ഉള്ളിലേക്ക് കാലുവെച്ച് കഴിഞ്ഞു യാതിക്ഷയും യൗവനം പ്രത്യയാന്തികതാഹ പുനർന്ന ദിവസാഹാം കഴിഞ്ഞുപോയ ഒരു ദിവസവും ഇനി തിരിച്ചു വരില്ല എന്ത് കാര്യം അതാണ് ഭർത്തൃഗി പറയുന്നത് കഴിവനായി വയസ്സായി വയ്യാതായി അപ്പോ യൗവനത്തിനെ കുറിച്ച് സ്വപ്നമാണ് യുവാക്കളെയൊക്കെ കാണുമ്പോൾ അസൂയാണ് നിവൃത്തി വലുതുകൊണ്ടോ ഒട്ടുമില്ലാതെ തരുണായതെ ഇങ്ങനെ ഒരു കഷ്ടകാലം എന്ന് പറഞ്ഞ് ഭർതൃഹരി കളിയാക്കുക എന്താന്ന് വെച്ചാൽ ഒക്കെ ശരീരം പറഞ്ഞാൽ കേൾക്കണില്ല വയസ്സായി ചെറുപ്പക്കാരെയൊക്കെ കണ്ടാൽ അതുപോലെ ആവണം എന്ന് തോന്നുന്നു നോക്കും വേഷമൊക്കെ കെട്ടി നോക്കണു പക്ഷെ പുറമേക്ക് വേഷം കെട്ടിയാലും ഉള്ളിൽ വയസ്സായി എന്നുള്ളത് അതൊന്നും ശരീരമൊന്നും പറഞ്ഞാൽ കേൾക്കണില്ല കാൽ ഇങ്ങനെ വിളിച്ചാൽ അങ്ങോട്ട് പോണു ചെവി പറഞ്ഞാൽ കേൾക്കാൻ പറ്റണില്ല ബുദ്ധി പിടിച്ചാൽ നിൽക്കണില്ല ഉറക്കം വരണില്ല ഉറക്കം വരാൻ പാടില്ലാത്ത സമയത്ത് വരണു ഒന്നും പറഞ്ഞാൽ കേൾക്കണില്ല ഇങ്ങനെ ശരീരം പോയിക്കൊണ്ടേയിരിക്കുന്നു യാതിക്ഷയം യൗവനം പ്രത്യയാന്തികതാഹ പുനർന്ന ദിവസാഹ കാലോ ജഗത് ഭക്ഷക പണമോ ഒന്നുണ്ടതറിയില്ല ജീവിതം മുഴുവൻ ഗവൺമെന്റ് ഓഫീസിലോ മറ്റോ ജോലി കുറച്ചൊക്കെ സമ്പാദിച്ച് താൻ അനുഭവിച്ചു ബാക്കിയൊക്കെ ശേഖരിച്ച് ശേഖരിച്ചു വെച്ചു എന്തിനാണ് നാളെ മക്കൾക്ക് വേണമെന്ന് പറഞ്ഞു അദ്ദേഹം സമ്പാദിച്ച് കൂട്ടി വെച്ച കാശൊക്കെ മകൻ അപ്പോഴേക്കും പഠിച്ച് അമേരിക്കയിൽ ജോലി പോയി ഇദ്ദേഹം സമ്പാദിച്ച് വെച്ച അത്രയും അയാൾ ഒരു മാസം ശമ്പളം വാങ്ങിച്ചു എന്നിട്ട് പറഞ്ഞു അച്ഛൻ ഇതൊന്നും എനിക്ക് വേണ്ട എന്നാണ് വെച്ചു ഇപ്പൊ എന്താ ഈ ജീവിതം വേണം മനക്കെട്ടു ഇതിനു വേണ്ടിട്ട് മനക്കെട്ടിട്ട് കൂടെ മകന് വേണ്ടി മകൻ അവിടെ പോയി അച്ഛൻ ജീവിതം മുഴുവൻ ഒരു പത്ത് മുപ്പത് വർഷം മെനക്കെട്ട് ശേഖരിച്ചു വെച്ച പണം ഒരു മാസം കൊണ്ട് ഉണ്ടാക്കിയിട്ട് അച്ഛൻ ഒരു ടോക്കൺ ആയിട്ട് അയച്ചു കൊടുത്തു അച്ഛൻ പറഞ്ഞു ഇത് ഞാൻ എന്ത് ചെയ്യും കേദാർനാഥിലേക്ക് പോകണോ ബദ്രിനാഥിലേക്ക് പോകണോ എന്ന് ആരാ കൂട്ടിക്കൊണ്ടു പോകണത് ഇറങ്ങിക്കൊണ്ടു കൊടുക്ക ലക്ഷ്മി തോയതരംഗവംഗ ചല അതുപോലെ ധാരാളം എടുത്തു വെച്ച് ഏതോ വഴിക്ക് പോയി വിദ്യുച്ഛലം ജീവിതം അതാണ് അതിനേക്കാളും പ്രശ്നം അമ്പതാറുപത് വയസ്സ് കഴിയുമ്പോഴേക്കും അവിടെ ഇവിടെ ഇരിക്കുന്ന ചുറ്റും കതര പൊട്ടണ പോലെ സമപ്രായക്കാരും വയസ്സിൽ കുറഞ്ഞവരും ഇരുന്നു വീണു മരിച്ചു കേൾക്കുന്നു ഓരോന്ന് കേൾക്കുമ്പോഴേക്കും ഉള്ളിലിങ്ങനെ ഉണ്ടാക്കാം ഉണ്ടാക്കാം ഉണ്ടാക്ക ഉണ്ടട്ടൊക്കെ ഉണ്ടായിരിക്കുന്നുണ്ട് സത്യമല്ലേ തമാശ ഞാൻ ഇതൊക്കെ നല്ലവണ്ണം ചിന്തിച്ച് ഭയപ്പെട്ട് പരിഹാരം കണ്ടെത്തിയിട്ടാണ് നിങ്ങളുടെ അടുത്ത് ഞാൻ ചിന്തിച്ചിട്ടുമുണ്ട് ഞാൻ അതിനെ കണ്ട് ഭയപ്പെട്ടിട്ടുമുണ്ട് വാസ്തവത്തിൽ പേടിച്ചിട്ടുണ്ട് ഭഗവാൻ അതിന് പരിഹാരവും കാണിച്ചു തന്നിട്ടുണ്ട് എന്നിട്ടാണ് പറയുന്നത് ആ പരിഹാരം ആന്തരികം മാത്രമാണ് വളരെ സിമ്പിളാണ് പക്ഷെ നമ്മൾ ഭയപ്പെടണം ചിന്തിക്കണം ഭയപ്പെടണം എന്നിട്ട് ഭയത്തിന് നടക്കണം അപ്പോ അമൃതവർഷം പോലെ പിന്നെ ഭയപ്പെടില്ല അപ്പൊ തമാശന് വേണ്ടിയല്ല ആരെയും കളിയാക്കാൻ വേണ്ടിയിട്ടല്ല നമ്മളുടെ ആചാര്യന്മാരൊന്നും ആരെയും കളിയാക്കിയിട്ടില്ല അപ്പോ ഇതൊക്കെ യജ്ഞാത്വ അമൃതമശ്ണുത്തെ ഏതൊന്നിനെ അറിഞ്ഞാലാണോ മരണമില്ലായമ്മയെ പ്രാപിക്കുന്നത് എന്ന് വെച്ചാൽ നമ്രിയത്തെ മരിക്കില്ല എന്ന് ഉറപ്പുവരുന്നത് ഞാനിനി മരിക്കില്ല എനിക്ക് മരണമില്ല മരണം സത്യമല്ല ഇറ്റ് ഇസ് നോട്ട് എ ഫാക്ട് എന്നുള്ള സത്യത്തിന് പിടികിട്ടുന്നത് അമൃതമശ്നു ജേയം എത്ര പ്രവക്ഷ്യാമി യജ്ഞാത്വാ അമൃതമശ്നു എന്താണോ അറിയേണ്ടത് ഏതൊന്നിനെ അറിഞ്ഞാലാ മരണമില്ലായ്മ അനുഭവപ്പെടുന്നത് അതിനെ പറഞ്ഞു എന്താണത് അനാദിമത് പരം ബ്രഹ്മ നസത് ആദി അസ അസ്ഥീതി ആദിമത് ന ആദിമത് അനാദിമത്ത് ഏതൊന്നും ആദിയില്ലാത്തതോ എന്ന് വെച്ചാൽ ദാറ്റ് വിച്ച് ഈസ് ബിയോണ്ട് ടൈം കാലത്തിന് അപ്പുറമുള്ളത് ശിവാഗമത്തിൽ പരമേശ്വരൻ പാർവതിക്ക് വളരെ പ്രിയമായിട്ട് പാർവതി ദേവി ശിവനോട് ചെന്ന് പ്രിയമായി സത്യത്തിനെ ചോദിക്കുമ്പോ ശിവന് വളരെ സന്തോഷം അപ്പൊ ദേവിയെ മടിയിലിരുത്തിക്കൊണ്ട് ഒരാഗമശാസ്ത്രം ഉപദേശിക്കുകയാണ് ദേവി കാലോത്തരജ്ഞാനം എന്നാണ് കാലോത്തരം കാലത്തിന് അപ്പുറം ഉള്ളത് കാലത്തിന്റെ പിടിയിൽ നിന്നും വിമുക്തമാക്കുന്നതാണ് അപ്പോ അനാദിമത് പരം നസത് തന്ന അസതുത അത് ആദ്യം ഇല്ലാത്തതാണ് അതിനൊരു ബിഗനിങ് ഇല്ല ടൈംലെസ് ട്രൂത്ത് സത്യം കാലത്തിന് അപ്പുറം ഉള്ളതാണ് സദായിരുന്നു കൊണ്ടിരിക്കണം ഇരുപ്പ് എന്നുള്ളത് അതിന്റെ സ്വഭാവമാണ് സ്വരൂപമാണ് നമ്മളിൽ സദാ അത് നമ്മളുടെ അസ്തിത്വമായിട്ട് എക്സിസ്റ്റൻസ് ആയിട്ട് ഞാൻ ഉണ്ട് എന്നുള്ള അനുഭവ രൂപത്തിൽ എപ്പോഴുമുണ്ട് ശരീരം മാറി മനസ്സ് മാറി അഹങ്കാരോദിക്കുന്നു അസ്തമിക്കുന്നു ഉറക്കം വരുന്നു സ്വപ്നം കാണുന്നു ജാഗ്രത വരുന്നു പക്ഷെ അതിനൊക്കെ പുറകിൽ മാറാത്തതും ഉണ്ട് എന്നുള്ള അനുഭവ രൂപത്തിൽ ഞാൻ എന്ന അനുഭവ രൂപത്തിൽ അനുഭവം സദാ തുടർന്നു നിൽക്കണു അത് എപ്പോഴുണ്ട് അല്ലെ ഉറങ്ങി എഴുന്നേറ്റിട്ട് നമ്മൾ എന്ത് പറയണോ ഞാൻ സുഖമായി ഉറങ്ങി ആരാണ് ഈ സ്റ്റേറ്റ്മെന്റ് പറയണത് ഈ ആള് പറയില്ല കാരണം ഈ ആള് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്ന ഇമേജ് ഉറക്കത്തിലില്ലല്ലോ സുഷുപ്തിയിലില്ലല്ലോ വ്യക്തിത്വമില്ല ആ വ്യക്തി പോയാലാണ് നമ്മൾ ഉറക്കം പറയണത് പിന്നെ ഉറങ്ങി എഴുന്നേറ്റിട്ട് സുഖമായിരുന്നു എന്ന് പറയുന്ന ആൾ ആരാപ്പോ അതിനാണ് പ്രത്യഭിജ്ഞ എന്ന് പറയുന്നത് അത് സത്യം തന്നെ സത്യത്തിനെ അനുഭവിച്ചിട്ട് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് അതിന് എന്നാണ് പേര് എന്ന് വെച്ചാൽ